ശീര സങ്കർത്തനുഖ ചേഹം പ്രതിഷ്ഠയാമീതി ചർച്ച ചെയ്യുന്നത് ഷോഡശകലകളുള്ള പുരുഷനെ കുറിച്ചാണ് ഷോടശകലകളെ കുറിച്ച് ഇനി പറയും ആ പുരുഷനിൽ സൃഷ്ടി സൃഷ്ടിക്ക് വേണ്ടി പുരുഷൻ ഇഷ്ടിച്ചു ദർശിച്ചു എന്ന് പറഞ്ഞു പരീക്ഷണം അല്ലെങ്കിൽ ദർശനം സങ്കല്പം വിചാരം എവിടെയാണോ നടക്കുന്നത് അവിടെയാണ് സൃഷ്ടി സങ്കല്പം നടക്കുന്നത് പുരുഷനിലാണ് തന്നിലാണ് പുരുഷൻ എന്ന് പറയുന്നത് തന്നെ കുറിച്ചാണ് പറയുന്നത് ഹം അസ്മി എന്ന് അറിയുന്ന ആ പുരുഷൻ അവിടെയാണ് സങ്കല്പം നടക്കുന്നത് അപ്പോ അവിടെയാണ് സൃഷ്ടി സംഭവിക്കേണ്ടത് പക്ഷെ അതിനെ സാഖ്യന്മാർ അല്പം പേടതിരിക്കുന്നു അവര് പറയുന്നു ആ സൃഷ്ടി സങ്കല്പം നടക്കുന്ന പുരുഷനാണെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അവിടെ സൃഷ്ടി പുരുഷനല്ല സംഭവിക്കുന്നത് പ്രകൃതിയിലാണ് പ്രകൃതിയിൽ ഒന്ന് അവർ പറയുന്ന ബാഹ്യമായ ഈ പ്രകൃതി ആ പ്രകൃതിയിലെ സൃഷ്ടി എന്ന് പറയുന്നത് എന്റെ പരിണാമം തന്നെ മറ്റൊന്നും ആന്തരികമായ പ്രകൃതി അതെന്താണ് ബുദ്ധി അതും പ്രകൃതിയുടെ ഭാഗമാണ് ും മഹത്വം എന്നിങ്ങനെ പരിണമിക്കുന്നതിന്റെ ഭാഗമാണ് ആ ബുദ്ധി അവിടെയാണ് പരിണാമങ്ങൾ സംഭവിക്കുന്നത് കർത്തൃത്വം അവിടെയാ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഒരാൾ പറയുന്നത് ഞാൻ പ്രവർത്തിക്കുന്നവനാണ് കർത്താവാണ് വാസ്തവത്തിൽ താനാകുന്ന പുരുഷനല്ല തന്റെ ബുദ്ധിയിലാണ് സംഭവിക്കുന്നത് പ്രകൃതിയിൽ പരിണാമം സംഭവിക്കുമ്പോൾ അതേസമയം ഭോക്താവായിരിക്കുന്നത് എന്നുവെച്ചാൽ സുഖ ദുഃഖങ്ങളെ അനുഭവിക്കുന്നത് താനാ പുരുഷനും പുരുഷൻ ചുസ്വരൂപനാണ് അംഗീകരിക്കുന്നത് ആ ചുസ്വരൂപത്തിനുള്ളിൽ നടക്കുന്ന വികാരമാണ് അനുഭവങ്ങൾ അവിടെ വികാരം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പരിണാമമില്ലേ പറയുന്ന ഇവിടെ രൂപാന്തരപരിണാമില്ല ബാഹ്യമായി സംഭവിക്കും പോലെ അഹന്തത്വം മഹത്വത്വം എന്നിങ്ങനെ ഭിന്ന ഭിന്ന തത്വങ്ങളായി മാറുന്നില്ല ഉള്ളിൽ ഭോക്തൃത്വം എന്ന് പറയുന്നത് അതായത് ദുഃഖാനുഭവം സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ചൈതന്യ വികാരമായി തന്നെ നിൽക്കുന്നു പുരുഷനും നിന്ന് വേറിട്ടൊന്നും അവിടെ ഉണ്ടാവുന്നില്ല അതെന്താ അങ്ങനെ പറയാൻ കാരണം കാരണം അനുഭവമാണ് അനുഭവം എന്ന് പറയുന്നത് ചേതനന്റെ ധർമ്മമാണ് ചൈതന്യമാണ് ചൈതന്യം എന്ന് പറയുമ്പോൾ പുരുഷൻ ചൈതന്യസ്വരൂപനാണ് അപ്പം അനുഭവം എന്ന് പറയുമ്പോൾ അവിടെ ചൈതന്യത്തിൽ നിന്ന് വേറിട്ടൊന്നും ഉണ്ടാവുന്നില്ല ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ആ ബോധം അല്ലെങ്കിൽ ബോധം ചൈതന്യം എന്ന് പറഞ്ഞ അപ്പോൾ ബോധത്തിൽ നിന്നൊന്നും വേറിട്ടൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്തോ സംഭവിക്കുന്നത് ബോധത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിജാതീയമായൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ പുരുഷൻ എന്തെങ്കിലും ന്യൂനത പറയാൻ പറ്റുമോ അത് സംഭവിക്കുന്നില്ല അതൊരു അനുഭവം മാത്രം അത് പുരുഷന് തന്നെ സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഭോക്തൃത്വം സുഖദുഃഖാനുഭവം അവിടെ സ്വീകരിക്കുക പിന്നെ അത് അനുഭവം ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട് ഞാൻ സുഖത്തെ അനുഭവിക്കുന്നു ദുഃഖത്തെ അനുഭവിക്കുന്നു അപ്പോൾ ഞാനെന്നുള്ള അനുഭവം സുഖദുഃഖാനുഭവം ഇതെല്ലാം ചൈതന്യമാണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നു അത് എവിടെയാണോ സംഭവിക്കുന്നത് ആ താനാണ് പുരുഷൻ അതുകൊണ്ട് അവർ പറയുന്നതിനൊരു യുക്തിയുണ്ട് ഭോഗം എന്ന് പറയുന്ന അനുഭവമാണ് അത് തന്നെ സംഭവിക്കുന്നു അതുകൊണ്ട് താൻ ഭോക്താവണം പക്ഷെ സൃഷ്ടി അത് പല ജാതികളായി പരിണമിക്കുകയാണ് പൃഥ്വിയായും വായുവായും അഗ്നിയായും ഭൂമിയായും പരിണമിക്കുമ്പോൾ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് അവിടെ ഒന്ന് ചൈതന്യത്തിൽ നിന്നും ഭിന്നമായ ജഡസ്വഭാവം അത് തന്നെ പലതായി മാറുന്നു അതുകൊണ്ട് കർത്തൃത്വത്തെ ബുദ്ധി തുടങ്ങിയ പ്രകൃതിയിൽ അംഗീകരിക്കും ഭോക്തൃത്വത്തെ തന്നിൽ അത് അനുഭവം ആയതുകൊണ്ട് അതാണ് അവർ പറയുന്നത് അതിനെ നിഷേധിക്കുന്നു ആത്മനോ ഭോക്തൃത്വ കർത്തൃത്വത്തെ നിങ്ങൾക്ക് പുരുഷനിൽ ഭോക്തൃത്വത്തെ സ്വീകരിക്കാമെങ്കിൽ അതേ പുരുഷനിൽ തന്നെ കർത്തൃത്വത്തെ സ്വീകരിക്കാം അതെന്തിനാ പുരുഷനിൽ നിന്ന് ഭിന്നമായ പ്രകൃതിയിൽ സ്വീകരിക്കും പ്രകൃതിയിൽ എന്ന് പറയുമ്പോൾ തന്നിൽ ഇരിക്കുന്ന കർത്തൃത്വം എന്ന് പറയുമ്പോൾ തന്റെ ബുദ്ധിയിൽ ബുദ്ധിയെന്ന് പറയുന്ന മഹത്വത്വത്തിന്റെ ഭാഗമാണ് എന്നുവെച്ചാൽ പ്രകൃതിയുടെ ഭാഗമാണ് അപ്പൊ ഇത് രണ്ടും രണ്ട് സ്ഥലത്ത് വേണ്ട രണ്ടു ഒരിടത്ത് തന്നെ തന്നെ തന്നെ സ്വീകരിക്കുക അദ്വൈതി പറയുന്നു ആത്മാവിലാണ് രണ്ടും ഭോക്തൃത്വവും കർത്തൃത്വവും അദ്വൈതിക്ക് അത് പറയാൻ എളുപ്പമാണ് ആത്മാവിൽ ഭോക്തൃത്വവും കത്തൃത്വവും ഉണ്ട് എന്ന് പറയുന്നു അതങ്ങനെ അവിദ്യ പിടിച്ചേർത്താൽ മതി ആ വിദ്യ ഉണ്ട് ആത്മാവിൽ ഭോക്തൃത്വവും കർത്തൃത്വവും വരും അത് അവസാനം പറയും അതിനുവേണ്ടി ഒന്നിനെ ആത്മാവിനും മറ്റൊന്നിനെ പ്രകൃതിയിലും സ്വീകരിക്കേണ്ട കാര്യമില്ല പക്ഷെ അവിടെ ആ വിദ്യ ചേർത്ത് ആണ് ഇവിടെ പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ ഒരിടത്ത് ഭോക്തൃത്വവും ഒരിടത്ത് കർത്തൃത്വമല്ല ഇതെല്ലാം പറഞ്ഞു വരുന്നത് എന്താണ് ആത്മാവ് അതിന്റെ സ്വരൂപം എന്താണ് എന്ന് തെളിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധി അല്ലാതെ ഭൂർപക്ഷം എന്ന് പറയുന്നതിന് അതിന്റെ നൂലാമാലകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഭൂരിപക്ഷം വരുമ്പോ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ ആദ്യ തുടക്കത്തിൽ പറഞ്ഞെന്താണോ അത് അപവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ ബാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം ചിന്ത വരുന്നതിനും തടയാൻ പറ്റില്ലല്ലോ അത് ഒരു ശാസ്ത്രമില്ലെങ്കിലും സ്വാഭാവികമായിട്ടും വരും ശ്രുതി എന്താ ചെയ്യുന്നത് നേരിട്ട് ബോധിപ്പിക്കുന്നു നീ തത്തുമസി അഹം ബ്രഹ്മാസ്മി നിങ്ങൾ നേരിട്ട് ബോധിപ്പിക്കുന്നു അത് ബോധിക്കാൻ ശ്രമിക്കുന്നുവന്റെ ഉള്ളിൽ തന്നെ ചിന്തയും വരും അതങ്ങനെ ശരിയാകും കർത്താവായും എല്ലാം തന്നെ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതങ്ങനെ ശരിയാകും അതിന്റെ ദ്വൈതവും വിശിഷ്ടദ്വൈതവും ദ്വൈതാദ്വൈതവും ഭേദാഭേദവും പലതരത്തിലുള്ള ചിന്താഗതികൾ വരും അങ്ങനെയുള്ള ചിന്താഗതികൾ ആരും മനഃപ്പുറം കൊണ്ടുവരുന്നതല്ല സ്വാഭാവികമായും മനസ്സിൽ വരും അപ്പം അതിനെ നിരാകരിച്ച മതിയാകും എന്തിനെ അതിനെ അവഗതിച്ചാലേ തത്വം എന്താണെന്നുള്ളത് ദോഷരഹിതമായി ഒരുവിന്റെ ഉള്ളിൽ പ്രകാശിക്കത്തുള്ളു അതുകൊണ്ട് കുറുപക്ഷ ചിന്ത എന്ന് പറയുന്നത് മനനത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല സിദ്ധാന്തം മാത്രം മനസ്സിലാക്കിയ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ തന്നെ വരുതിയിലായിരിക്കും അവിടെ ഒരു ചോദ്യവും വരാതിരിക്കും അങ്ങനെ ഒരു മനസ്സേ ഇല്ല മനസ്സിന്റെ ലക്ഷണം സ്വഭാവം തന്നെ എന്താണ് സങ്കല്പ വികല്പാത്മകം സങ്കല്പങ്ങളും വികല്പങ്ങളും വരെ ചോദ്യങ്ങളും വരും അവിടെ അതിനെ മനസ്സില്ല അതിന് പരിഹാരമായിട്ടാണ് ഈ ചർച്ച അപ്പോ അദ്വൈതി പറയുന്നു നിങ്ങൾ ഭോക്തൃത്വത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കടുത്തർത്വം സ്വീകരിക്കുക രണ്ട് സ്വീകരിക്കുക അത് അദ്വൈതത്തിന് വിരോധമാണല്ലോ ഏകവും അദ്വൈതവമായ തത്വം അതിന് അദ്വൈതയെ സംബന്ധിച്ച് അതിന് വിരോധമൊന്നുമില്ല എന്തുകൊണ്ട് അവിദ്യ അവിദ്യ ആശ്രയിച്ചിട്ടാണ് ഈ ചർച്ചകളെല്ലാം കർത്തൃത്വുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എല്ലാം ചർച്ച അവിദ്യയെ ആശ്രയിച്ചു അവിദ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അവിടെ സ്വീകരിക്കും ആത്മാവ് യഥാസംഖ്യന്മാത്ര അപരിണാമിനോ അഭി ആത്മനോ ഭോക്തൃത്വം സംഖ്യന്മാരെന്താ പറയുന്നത് പുരുഷൻ ചിത് മാത്രസ്വരൂപനാണ് ചിദേവ കേവലം ചിത്താണ് അത് അപരിണാമിയുമാണ് പ്രകൃതിയെപ്പോലെ അത് പരിണമിച്ച് വിജാതീയമായ പരിണാമങ്ങൾ അതിലില്ല ചോദിക്കും ഭോക്തൃത്വം എന്ന് പറയുന്നത് പരിണാമമാണ് അല്ലെ ഭോക്തൃത്വം ഒരു പരിണാമമാണെങ്കിൽ അത് സജാതീയമാണ് വിജാതീയമായൊന്നും ഉണ്ടാകുന്നില്ല ഏതുപോലെ പ്രകൃതിയെപ്പോലെ പ്രകൃതി എന്താണ് ഒന്നിൽ നിന്ന് മാറി മറ്റൊന്ന് സത്വരജസ്തംഭ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിൽ നിന്നും മാറി പിന്നീട് മഹത്തായി അഹന്തത്വമായി മനസ്സായിന്ദ്രിയങ്ങളായി പഞ്ചഭൂതങ്ങളായി അങ്ങനെ ഒരു പോക്കില്ല ഇത് അപരിണാമിയാണ് എന്നാലും ആത്മനോഭോക്തൃത്വം അവിടെ സജാതീയമായൊരു മാറ്റം അവിടെ സംഭവിക്കുന്നു അതിനാണ് പറയുന്ന അനുഭവം ഈക്ഷാദിപൂർവകം ജഗത്കർത്തൃത്വ ഉപന്നം ശ്രുതി പ്രാമാണ്യ അതുകൊണ്ട് വേദവാദികൾ ഷത്തിനെ പ്രമാണമായി സ്വീകരിക്കുന്നവർ ഇവിടെ ഉദ്ദേശിക്കുന്ന അവർ ഈക്ഷാധിപൂർവം ജഗത് കടത്തൃത്തും സങ്കല്പപൂർവമായിട്ടുള്ള ജഗത്തിന്റെ കടുത്തും ഉപന്നം ശ്രീപ്രാമാണ്യവിടെ പുരുഷനിൽ ആത്മാവിൽ ജഗത്തിന്റെ കടത്തൃത്വത്തെ സ്വീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് പുരുഷനിൽ ജഗത്തിന്റെ കർത്തൃത്വം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ജഗത്തിനെ സൃഷ്ടിച്ചു ഞാൻ യീക്ഷിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പുരുഷ ബഹുത്വത്തെ നിഷേധിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ പറയുന്നു ഞാൻ എന്റെ സങ്കല്പം കൊണ്ട് പ്രപഞ്ചമുണ്ടായി എന്ന് പറയുമ്പോൾ പരിച്ഛിന്നനായിരിക്കുന്ന ദേഹം എന്നുവരുന്ന പരിമിതിയോടുകൂടിയിരിക്കുന്ന ഞാൻ സങ്കല്പിച്ച് ലോകത്തെ ഉണ്ടാക്കി അശുദ്ധാ സംബന്ധമാണ് തനിക്ക് ലോകത്തെന്നല്ല സങ്കല്പം കൊണ്ട് ഒരു വസുനിയുടെ ഉണ്ടാക്കാൻ കഴിയുന്നു മനസ്സെന്താണ് ജഗത്കർതൃത്വം തന്നിലുണ്ട് തന്നെ ശ്രുതി എന്ന് പറയുന്നു സഹിക്ഷൻ ചക്രയും അപ്പൊ അവിടെ ആത്മ തത്വം അതീ ശരീരം കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്നു എന്നല്ല അജ്ഞനായിരിക്കുന്ന ഈ ജീവഭാവമെന്നല്ല മറിച്ച് ആ പരമാർത്ഥഭാവം ഏകവും അദ്വീയവുമായിരിക്കുന്ന ആ പരമാർത്ഥഭാവത്തിൽ ഈക്ഷണാദികൾ സംഭവിക്കുന്നു അവിദ്യകുണ്ട് സൃഷ്ടി സംഭവിക്കുന്നു ജന്മാദ്യ സേത ഇത്രയും വിപുലമായൊരു സൃഷ്ടി സംഭവിക്കണം പരമാണു മുതൽ പർവ്വതം വരെയുള്ള ഇതിനെയൊക്കെ സൃഷ്ടിക്കണം അണ്ടകടാഹങ്ങളെല്ലാം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നു അവിടെ സർവജ്ഞത്വം സർവശക്തിത്വം തുടങ്ങിയ അവിടെ ഉണ്ട് എന്ന് പറയും കാരണം അതൊക്കെ സൃഷ്ടി സംഭവിക്കത്തുള്ളൂ അപ്പോൾ ആ പുരുഷൻ അത്വജ്ഞനായിരിക്കുന്ന പരിച്ഛന്നനായിരിക്കുന്ന ഈ പുരുഷൻ അല്ല സൃഷ്ടിക്കുന്നത് സർവജ്ഞനായിരിക്കുന്ന പുരുഷനാണ് അപ്പോൾ സർവജ്ഞനും സർവശക്തനുമായതുകൊണ്ട് അത് ഈശ്വരൻ എന്ന് പറയുന്നു തത്വത്തിൽ ഒന്നാണെങ്കിലും ഈ ഉപാധിയെ കൊണ്ട് രണ്ടായി പറയുന്നു ഉപാധി ഒന്ന് തന്നെ അവിദ്യ എന്ന് പറയുന്ന ഒരേ ഒരു ഉപാധിയാണ് പക്ഷെ അവിദ്യ എന്ന് പറയുന്ന ഉപാധിയാണ് തന്നിലിരിക്കുന്നതെങ്കിൽ തന്നിലെ ഇവിടെ നീ പരിച്ചിന്ന ഭാവം വന്നു അസർവജ്ഞത എങ്ങനെ വന്നു അല്പജ്ഞത്വം എങ്ങനെ വന്നു പറയുന്നു പറയുന്നു ആ ഉപാധിയുടെ സവിശേഷത തത്വം ഒന്ന് തന്നെ പക്ഷെ തന്നിലിരിക്കുന്ന ഉപാധി എങ്ങനത്തെയാണ് അതുകൊണ്ട് തന്നെ അവിദ്യ എന്ന് പറയുന്നു ഒരേ ഒരുപാധി തന്നെ എന്നാൽ സർവജ്ഞത്വവും എല്ലാം വരുന്നതോ അത് മായ എന്ന് പറയുന്നു ഒരുപാധി തന്നെ രണ്ടാക്കി പറയുന്നു എവിടെ പരിച്ഛനത്വവും കിഞ്ചിജ്ഞത്വവും വരുന്നു അതിന് അവിടെ അതിന് അവിദ്യ എന്ന് പറയും എവിടെ സർവജ്ഞത്വവും സർവശക്തിത്വവും വരുന്നു അവിടെ അതിനെ മായ എന്ന് പറയും പൊതുവെ അങ്ങനെ ഒരു വേറെതിരും ഒന്നിനെ തന്നെയാണ് അല്ല രണ്ടായതുകൊണ്ട് തന്നെ രണ്ടാക്കുന്നതല്ല അതിനു കാരണം എന്താണ് അവിടെ പറയുന്നത് ഇത് ഉപാധി അത് സംഖ്യന്മാർ പറയുന്ന പോലെ പ്രകൃതി സത്വരജസ്തമരൂപത്തിലാണ് ഈ ഉപാധിയും അവിദ്യ എന്ന് പറയുന്നതും ആ രൂപത്തിലാണ് സത്വരജസ്തമരൂപത്തിലാണ് അതുകൊണ്ട് ആ സത്വോത്കർഷത്തിൽ സത്വത്തിന്റെ ആധിക്യത്തിൽ സർവജ്ഞത്വവും മറ്റും പുരുഷന് സംഭവിക്കുന്നു അപ്പോൾ അതിന് ഈശ്വരൻ എന്ന് വിളിക്കുന്നു അവിടെ ജഗത്കർത്തൃത്വം വരുന്നു തോമസിന്റെ ആധിക്യത്തിൽ അതിനവിദ്യ പറയുന്നു അവിടെ കുഞ്ചജ്ഞത്വം അല്പജ്ഞത്വം മറ്റും അവിടെ വരുന്നു ബന്ധനും സംസാരം എന്നവിടെ പ്രകടമാകുന്നു ഇങ്ങനെ ഒരു ഉപാധിയെ തന്നെ രണ്ട് ഭാവത്തിൽ കണ്ടുകൊണ്ട് ജീവ ഈശ്വര ഭേദങ്ങൾ എല്ലാം കൽപ്പിക്കുന്നു അത് പരമാർത്ഥമല്ല അവിദ്യ കൊണ്ടെന്തെല്ലാം സംഭവിക്കുന്നു അതെല്ലാം ആരോപം എന്നാണ് പറയുന്നത് അത് അപവദിക്കാൻ വേണ്ടി മാത്രമുള്ള ആരോപം പരമാർത്ഥത്തിലുള്ളതല്ല അവിദ്യയ്ക്ക് പരമാർത്ഥികതയില്ല അവിദ്യ അല്ലെങ്കിൽ മായ എന്ന് പറയുന്നത് ഉപാധിക്കുന്നതല്ല അതുകൊണ്ട് വരുന്ന ജീവ ഈശ്വര ഭേദം അതിനും പാരമാർത്ഥികതയും പാരമാർത്ഥികമായ തത്വത്തിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ എല്ലാം പരമാർത്ഥമാണ് എന്ന് ഗ്രഹിക്കുന്നു ഇതെല്ലാം അങ്ങനെ സ്ഥിതി പ്രാമാണ്യം കൊണ്ട് വേദവാദികൾ വേദവാദിനച്ഛാദിപൂർവം ജഗത്കർത്തൃത്വം ഇച്ഛാതിപൂർവകമായ ജഗത്കർത്തുംകൾ ഉപപന്നുമായിരിക്കുന്നു അനിത്യത്വ അശുദ്ധത്വ അനേകത്വനിമിത്തോ ചിന്മാത്രസ്വരൂപ വിക്രിയാത്ര പുരുഷ സ്വത്മനീവ ചിന്മാത്ര സ്വരൂപ വിക്രിയ നദോഷായ അവസാങ്കന്മാര് പറയുന്നു നിങ്ങളുടെ സിദ്ധാന്തം ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങളിതൊക്കെ പറയുന്നത് തത്വാന്തര പരിണാമ ആത്മനോ അനിത്യത്വ അസിദ്ധത്വം അനേകത്വ നിമിത്തവും യുന്നു പുരുഷൻ ആണ് സൃഷ്ടി സംഭവിക്കുന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ വരുന്ന ദോഷം എന്താണ് പുരുഷൻ തന്നെ ഇതെല്ലാമായി മാറി എന്ന് സ്വീകരിക്കേണ്ടി വരും തത്വാന്തരപരിണാമം പുരുഷൻ ചിന്മാത്ര സ്വരൂപനായിരിക്കുന്ന പുരുഷൻ ജഡമായി മാറി വികാരിയായി മാറി എന്നെല്ലാം സ്വീകരിക്കേണ്ടി വരും എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അദ്വൈതത്തിൽ അദ്വൈതത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഉടൻ നമ്മുടെ മനസ്സിലിരിക്കണം അദ്വൈതത്തിന്റെ വശത്ത് എന്ന് ചിന്തിക്കുമ്പോൾ അവിദ്യ എന്നുള്ളതൊന്ന് സ്വീകരിക്കുമ്പോൾ അതിന് പരിഹാരമായി അവിദ്യ സ്വീകരിക്കുന്നതോടുകൂടി അദ്വൈതത്തിലുള്ള എല്ലാ അദ്വൈതത്തിനെതിരെ വരുന്ന എല്ലാ ദോഷങ്ങളും പരിഹരിക്കുന്നു പുരുഷനെ ഇനി പരിണാമിയായി സ്വീകരിക്കുന്നു സ്വീകരിക്കാം പുരുഷന് വികാരിയായി സ്വീകരിക്കുന്നു സ്വീകരിക്കും പുരുഷനെ നശിക്കുന്നവനായി സ്വീകരിക്കുന്നതും സ്വീകരിക്കാം ഉത്പത്തിസ്ഥിതി നാശങ്ങളുള്ളവനായി എങ്ങനെ അവിദ്യ അതങ്ങ് സ്വീകരിച്ചാൽ അപ്പോൾ അവിദ്യയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല ദ്വിധത്തെ സംബന്ധിച്ച് സത്താണെന്ന് പറയണോ പറയാം ഇനി ശൂന്യമാണെന്ന് പറയണോ പറയാം എന്തുകൊണ്ട് പറയുന്നു അവിദ്യ ഉണ്ട് അവിദ്യമുണ്ട് അസത്തായിരിക്കും അവിദ്യ കൊണ്ട് ശൂന്യമായിരിക്കും അവിദ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏതും പറയാം അവിദ്യയെ സ്വീകരിച്ചില്ലെങ്കിലോ ഇതൊന്നും പറയാൻ കഴിയത്തില്ല അടുത്തു പറയും വ്യവഹാരം തന്നെ അസാധ്യമായി പോവും ചർച്ച തന്നെ ശൂന്യമായി പോവും ഇത് മനസ്സിലാക്കാതെയാണ് സംഖ്യന്മാർ പറയുന്നത് സൃഷ്ടി പുരുഷനിൽ നിന്ന് സംഭവിക്കുന്നു പുരുഷൻ ചേതനനാണ് ചൈതന്യത്തിൽ നിന്ന് സൃഷ്ടി സംഭവിക്കുന്നു ഇവിടെ കാണുന്ന എന്താണ് സൃഷ്ടിയിൽ വികാരങ്ങളാണ് കാണുന്നത് ജഡ്ത്തെയാണ് കാണുന്നത് തത്വാന്തര പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുരുഷന് അനിത്യത്വം അശുദ്ധത്വം അനേകത്വം ഇതെല്ലാം വരുന്നു ഇതെല്ലാം കൊണ്ടാണ് സൃഷ്ടി സംഭവിക്കുന്നതെന്ന് പറയേണ്ടി വരും അത് സിദ്ധാന്തത്തിന് വിരുദ്ധമാണ് പുരുഷൻ അനിത്യമല്ല പുരുഷൻ അശുദ്ധമല്ല അത് ബഹുത്വം ഉണ്ടെങ്കിലും അത് ശുദ്ധമാണ് അപ്പൊ അതിൽ നിന്ന് മറിച്ചൊരു സൃഷ്ടി സംഭവിക്കാം പാടുള്ളതല്ല അങ്ങനെ ഒരു സൃഷ്ടി സംഭവിക്കത്തില്ല തത്വാന്തര പരിണാമരൂപത്തിലൊരു സൃഷ്ടി സംഭവിക്കത്തില്ല നച്ചിന്മാത്ര സ്വരൂപ വിക്രിയാത ആ പുരുഷനുള്ള വികാരം കൊണ്ട് അങ്ങനെ ഒരു തത്വാന്തര സൃഷ്ടി സംഭവിക്കത്തില്ല സംഖ്യം പറയുന്നു എന്നാൽ പിന്നെ എങ്ങനെ നിങ്ങൾ ഭോക്തൃത്വത്തെ സ്വീകരിച്ചു അതൊരു വികാരമാണല്ലോ പറയുന്നത് ദോഷമില്ല എന്തുകൊണ്ട് പുരുഷസ്യ സ്വാത്മന്യഭോക്തൃത്വ പുരുഷൻ ഭോക്താവായിരിക്കുന്ന എങ്ങനെ മുമ്പ് പറഞ്ഞു അത് ഒരു തത്വാന്തര പരിണാമം അല്ല തത്വനിഷ്ഠമായി തന്നെ അവിടെ ഭോക്തൃത്വം സംഭവിക്കുന്നെന്ന് പറഞ്ഞാൽ പുരുഷൻ ചേതന്നാണ് ഭോക്തൃത്വം എന്ന് പറയുന്നത് എന്താണോ ഞാൻ സുഖത്തെ അനുഭവിക്കുന്നു ദുഃഖത്തെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതെവിടെ സംഭവിക്കുന്നത് തന്നെ സംഭവിക്കുന്നത് പുരുഷനിലാണ് അനുഭവത്തെ മുൻനിർത്തി പറയുകയാണ് ഭോക്തൃത്വം അത് പുരുഷന് ദോഷമില്ല അതുകൊണ്ട് പുരുഷന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല അത് ണ് പുരുഷൻ കേവലമായ ചേതനസ്വരൂപനാണ് അതിൽ ചൈതന്യം പ്രകാശിക്കുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ട് ഭക്തൃത്വ ചിന്മാത്രസ്വരൂപ വിക്രിയ എന്ന ദോഷമായി ആ വികാരം ജാത്യാന്തരപരിണാമല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ദോഷമൊന്നുമില്ല പുരുഷൻ ചിന്മാത്രസ്വരൂപനാണ് ആ പുരുഷന് ഒരു വികാരം ഉണ്ടാകുന്നു അനുഭവം എന്ന വികാരം തിലന്തർഭവിക്കുന്നു അതിലൊന്നും മാറി മറ്റൊന്നാവുന്നില്ല അതിലന്തർഭവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് ദോഷമില്ല എന്നാണ് മറിച്ച് നിങ്ങൾ പറയുമ്പോഴോ തിരിച്ച് സംഘന്മാർ അദ്വൈതിയോട് പറയണം ഭൗതാം പുനർവേദവാദിന സൃഷ്ടി കർത്തൃത്വ പരിണാമ ഏവ ഈ ആത്മനോ അനിത്വത്വാദി സർവദോഷപ്രസംഗ നിങ്ങൾ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഇതെല്ലാം പറയുന്നത് അത് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടാവും ആത്മാവിനെ കർത്താവായും ഭോക്താവായും ഞങ്ങൾക്ക് സ്വീകരിക്കാം അതുകൊണ്ട് അവദ്യ ഉപാധി അതെല്ലാം സംഭവിക്കുന്നു ഉപനിഷത്ത് തന്നെ പറയുന്നു പറയുന്നു അങ്ങനെ തത്വാന്തര പരിണാമത്തെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അവിദ്യ സ്വീകരിക്കുന്നില്ല സ്വീകരിക്കാതെ പറയാണ് പരണാമുഹി കുറവ രൂപ പരിത്യാഗീന രൂപാന്തര പത്തി പരിണാമം എന്ന് പറഞ്ഞാൽ എന്താണ് പഴയ സ്വഭാവത്തെ വിട്ട് പുതിയ സ്വഭാവത്തെ സ്വീകരിക്കുക പാല് അതിന്റെ തനതായ സ്വഭാവത്തെ വിട്ടിട്ട് തൈരെന്നു പറയുന്ന സ്വഭാവത്തെ സ്വീകരിക്കുന്നു അതാണ് പരിണാമം ആ പരിണാമത്തെ പുരുഷൻ്റെ അംഗീകരിച്ചു കഴിഞ്ഞാൽ തത്വാന്തർപരിണാമം ഏവ എനിക്ക് ആത്മനോ ആത്മാവിൻ്റെ പരിണാമം കൊണ്ട് പരിണാമം എന്ന് വെച്ചാൽ വികാരമാണ് വികാരം കൊണ്ട് നശിക്കും പുരുഷൻ നശിക്കും ആത്മ അനിത്വത്വാദി സർവദോഷപ്രസം പുരുഷന് വികാരം സംഭവിക്കുന്നു പുരുഷൻ നശിക്കുന്നു പക്ഷെ വിചാരത്തിലൂടെ മനസ്സിലാക്കാൻ എന്താണ് പുരുഷനങ്ങനെ നശിക്കുന്നു എന്നല്ല പുരുഷൻ നിത്യനാണ് ശാശ്വതനാണ് സസ്യതോയും പുരാണം നഹന്യതേ ഹന്യമാനെ ശരീരേ എന്നല്ലേ പുരുഷനെക്കുറിച്ച് പറയും അപ്പം ആ പുരുഷനിൽ എന്തെങ്കിലും പരിണാമം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവ്വദോഷങ്ങളോടെ വരുന്നു എന്ന് സ്വീകരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അവിടെ സിദ്ധാന്തത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് പുരുഷൻ സർവദോഷരഹിതനാണ് അനിത്യത്യം തുടങ്ങിയ ദോഷങ്ങളവിടെയില്ല എന്നാലവിടെ പരിണാമങ്ങൾ അംഗീകരിക്കാം അവിദ്യയാ നമസ്കാരം uh, no. ിന്മാത്രമസ് തത്വാന്തരപരിണാമ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കൂടുതലും വിശദീകരിച്ച് വിശദീകരിച്ച് അതിനെ സംബന്ധിച്ചുള്ള അവന്റെ അവസാനത്തെ സംശയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അദ്വൈതം പറയുമ്പോൾ വ്യാവഹാരികമായ അനുഭവം അതിനപ്പുറമുള്ള കാര്യങ്ങൾ പറയും അതാണ് അദ്വൈതത്തിനെ എതിർത്തുകൊണ്ട് ദ്വൈതം പോലെയുള്ള സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നത് അനുഭവമാണോ തന്നെ വികാരങ്ങൾ സംഭവിക്കുന്നു തത്വം പറയുന്നു നിറവികാരിയാണോ ഇതെങ്ങനെ പൊരുത്തപ്പെടും വികാരം എൻ്റെ സ്വഭാവമായിരിക്കെ ഞാൻ അനുഭവിക്കേ ഞാൻ സുഖിയാണോ ദുഃഖിയാണോ എന്നൊക്കെ അനുഭവിക്കുന്നു താൻ നിറവികാരിയാണോ എന്നെങ്ങനെ ഗ്രഹിക്കാൻ കഴിയും ശരി അദ്വേദിക്ക് പറയാം അത് ഇത് ഇവിടം പറയും ശരി വികാരങ്ങളുണ്ടെങ്കിൽ ഈ വികാരങ്ങളെല്ലാം ആരാനുഭവിക്കുന്നു നീയാണ് എവിടെ അനുഭവിക്കുന്നത് ഈ ജാഗ്രതനുഭവിക്കുന്നു എന്നാൽ വികാരശൂന്യമായൊരു അവസാനമുണ്ടല്ലോ സുശുദ്ധി അവിടെ വികാരങ്ങളില്ലല്ലോ അവിടെ കേവല ചെന്മാത്രമാണല്ലോ അതിനെ സ്വീകരിക്കണ്ടേ ആ സുഷുപ്തി എന്ന് പറയുന്നൊരു ദൃഷ്ടാന്തമില്ലെങ്കിൽ ഇതിനെ യുക്തിക്ക് ബോധ്യപ്പെടുത്താൻ വലിയ പ്രയാസം പക്ഷെ സാങ്കന്മാരും മറ്റും എന്താണോ സുഷുപ്തി അങ്ങ് തഴഞ്ഞിരിക്കുകയാണ് അവർക്കതൊരു വിഷയമേ യോഗികൾ പറയുമോ അതും ഒരു അവിദ്യാഭൃത്തിയാണ് മനസ്സിൻ്റെ ഒരു നിലയാണ് ഇന്നത്തെ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുന്നതാണ് വേറെ ഒന്നുമല്ല പക്ഷെ അദ്വൈതി പറയുക എന്താണല്ലോ അവിടെ കേവലമായ അദ്വൈമായ സ്വരൂപമാണ് അവിടെ നിന്നുണ്ടാകുന്ന ചൈതന്യം അതാണ് ജാഗ്രത എന്നിങ്ങനെ പറയും പക്ഷെ അത് മറ്റാരും തന്നെ ആ വഴിക്ക് ചിന്തിക്കുന്നുണ്ട് എന്നാൽ അദ്വൈതി എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു ശ്രുതി പ്രാമാണ്യ അതോട് പറഞ്ഞു ശ്രുതി അത് വ്യക്തമായി പറയുന്നു തത്വവിചാരത്തിൽ പരമാർത്ഥ ബോധനത്തിന് അശ്രുദ്ധി സ്വീകരിച്ചിരിക്കുന്ന മാർഗം വരുന്നത് സ്വാനുഭവത്തെ മുൻനിർത്തിയാണ് വെറും ഭാവനകളിലൂടെ കൽപ്പനകളിലൂടെ പോയിട്ടുണ്ട് ആധ്യാത്മികം എന്ന് പറയുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ചുള്ള കാര്യമൊന്നേ അതിനർത്ഥമാണ് ആത്മാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആത്മസ്വരൂപത്തെ വിട്ടിട്ട് കൽപ്പനകളിലും ഭാവനകളിലും പോകേണ്ട കാര്യമില്ല അതാണ് എണ്ണാത്മീയത എന്നാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് ആത്മീയതയിൽ പരമാർത്ഥമായ ആത്മീയതയിൽ ഇത്തരം കൽപ്പനകൾക്കും ഭാവനകൾക്കും യാതൊരു സ്ഥാനവും അത് എന്താണ് ആത്മനിഷ്ഠമായ വസ്തുനിഷ്ഠമായ സത്യസന്ധമായ ചിന്തയാണ് സത്യസന്ധ എന്ന് പറയുന്നത് മുഖ്യമാണ് ഭാവനയിൽ പോകുന്നവരിൽ അത് കാണത്തില്ല ഭാവനയുടെ പിന്നാലെ പോകുന്നവനിലെന്തുകൊണ്ട് സത്യം കാണത്തില്ല സത്യം എന്താണ് അസത്യം എന്താണെന്ന് തിരിച്ചറിയുന്നതിനുള്ള വിവേകം അവിടെ കാണത്തില്ല നമുക്കിവിടെ ഇരുന്നുകൊണ്ട് ഭാവനയിൽ പലതും കാണാം ഭാവനയുടെ തന്മയി ഭാവം വരുമ്പോൾ സത്യാസത്യങ്ങളെ തിരിച്ചറിയാറുണ്ട് ഭാവന ചെയ്യുന്നതിന് സ്വാഭാവികമായിട്ടതുണ്ടാകും കാരണം ആ ഭാവന എന്ന് പറയുന്ന അവൻ്റെ ഉള്ളിലെ ചൈതന്യമാണ് ആ ചൈതന്യത്തിൽ വരുന്ന വികല്പങ്ങൾക്കെല്ലാം അഹംബുദ്ധി കൊണ്ട് താൻ താതാന്യപ്പെടുന്നു അത്താതാത്മ്യം അല്ലെങ്കിൽ അധ്യാസം അതിനെ വേറുതിരിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവനകൾ തന്നെ അവന് സത്യം അവന്റെ കൽപ്പനകൾ തന്നെ അവനെ സംബന്ധിച്ച് പരമാർത്ഥം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മീയക്കർക്കന്മാർ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് വസ്തുതയും ഭാവനയും തമ്മിൽ വ്യത്യാസം ഒന്നെന്താണ് ആത്മനിഷ്ഠമായ ബോധം മറ്റൊന്നെന്താണ് കൽപ്പനകൾ കൽപ്പനകളിലൂടെ പോയാൽ ഒരിക്കലും ഭാവനാലോകത്തിലൂടെ പോയാൽ ഒരിക്കലും സത്യത്തിലെത്താൻ കഴിയത്തില്ല മരണം വരെ ആ ഭാവനയും കൂടെ തന്നെ എങ്ങനെ പോയിക്കൊണ്ടേ ഭാവനാലോകത്തിലായിരിക്കും സങ്കല്പലോകത്തിലായിരിക്കും ജീവിക്കുന്നത് തത്വവിചാരത്തിലതിന് അതുകൊണ്ടാണ് തത്വവിചാരത്തിന് എങ്ങനെയാണോ ജാഗ്രത സ്വീകരിക്കുന്നത് പോലെ സ്വപ്നത്തെ സുഷത്തെയും സ്വീകരിച്ചിരിക്കുന്നു എന്തോ സംഖ്യന്മാരെയും മറ്റും സംബന്ധിച്ചുള്ള ഒരു കാര്യം അതാണ് ഒരു ജാഗ്രത അത് ജാഗ്രതാണെന്ന് തിരിച്ചറിയാതെ തന്നെ അതിനെ മാത്രം ആസ്പദമാക്കിയുള്ള ചിന്തകളാണ് ജാഗ്രത എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവനാലോകത്തിലുണ്ട് സുഹൃത്തിവെപ്പലവിടെ എന്താണ് അപികതനായി തത്വസ്വരൂപനായി സ്ഥിതി ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ല പക്ഷെ അതിനെക്കുറിച്ചുള്ള ബോധം വേണം ജാഗ്രത വരണം അപ്പം ഇത് തിരിച്ചറിയാൻ പറ്റും എന്താണ് ആത്മനിഷ്ഠമായ ബോധം എന്താണ് ഭാവന അത് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ആ സാങ്കേ്യബുദ്ധിയിൽ സംസാരിക്കുന്നവനോട് പറയുകയാണ് അതങ്ങനെയല്ല ഇത് സംഘന്മാരും ഇതിനോടടുത്ത് വരുന്നുണ്ട് ആ ചിന്തയും അതിനോട് അടുത്ത് വരികയാണ് കാരണം തന്റെ ചൈതന്യസ്വരൂപത്തെ കുറിച്ച് അവർക്ക് ബോധമുണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് പുരുഷ ചിന്മാത്രയവ പുരുഷൻ ചൈതന്യസ്വരൂപനാണ് സച്ച സ്വത്മസ്തോ വിക്രിയതേ പക്ഷേ അത് സ്വത്മസ്ഥമായി ആത്മനിഷ്ഠമായി വികാരപ്പെടുന്നത് നമ്മുടെ അനുഭവമാണ് ഞാനിത് അസുഖത്തെ അനുഭവിക്കുന്നു ഞാൻ ദുഃഖത്തെ അനുഭവിക്കുന്നു എന്നിൽ തന്നെയുള്ള വികാരങ്ങളെ ഞാൻ അറിയുകയാണ് അതിനോട് പറഞ്ഞൂടെ സ്വത്മസ്ഥമായി വിക്രീയത ഭുജാനോ എല്ലാം അനുഭവിക്കുന്നു അതുപറയുന്ന തത്വാന്തരപരിണാമിയ ഞാൻ ഒരിക്കലും സുഖ ദുഃഖത്തെ അനുഭവിക്കുന്നു ഞാനൊരിക്കലും കല്ലും മണ്ണും ഒന്നുമായി മാറുന്നില്ല ഇതിനെങ്ങനെയാണ് എന്റെ സങ്കല്പം കൊണ്ട് ഞാൻ സൃഷ്ടിച്ചതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു അപ്പം ഏകനായിരിക്കുന്ന ഞാൻ എന്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കണമെങ്കിൽ അവിടെ എന്നിൽ മറ്റുപാദാനങ്ങളൊന്നും ഇല്ലാതിരിക്കെ പാത്രം ഉണ്ടാക്കുന്നവനെ സൃഷ്ടിക്കാൻ കാരണം അവൻ ജനിച്ചു വന്നപ്പോൾ തന്നെ ഇവിടെ മണ്ണും ഉണ്ട് അപ്പോൾ അവൻ അവൻ്റെ കയ്യിൽ കെട്ടിയ മണ്ണെടുത്ത് പാത്രത്തെ ഉണ്ടാക്കും ഇവിടെ ഏകനായിരിക്കുന്ന പുരുഷൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ അവൻ ദർശിച്ചു എന്നാണ് അവനെ ദർശിച്ചാൽ അവനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു സാമഗ്രിയും അവന്റെ കയ്യിലില്ല പിന്നെ അവൻ എങ്ങനെ സൃഷ്ടിക്കുന്നു തണി നിന്ന് അന്യമായൊരു സാമഗ്രി വേണ്ടേ അതുകൊണ്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ല അവന് തത്വാന്തര പരിണാമവും സംഭവിക്കുന്നില്ല പിന്നെവിടെയാ സൃഷ്ടി സംഭവിക്കുന്നു പ്രകൃതിയിൽ അഹം എന്ന് താൻ തിരിച്ചറിയുന്ന തന്നിനല്ല മറിച്ച് തന്റെ പ്രകൃതിയിൽ സംഭവിക്കുന്നു ബാഹ്യപ്രകൃതികൾ സംഭവിക്കുന്നു അതാണ് സൃഷ്ടി പിന്നെ തന്നിൽ സംഭവിക്കുന്ന എന്താണ് കേവലമായ അനുഭവം സൗദുഖനുഭവം ഇതാണ് സംഘൻ പറയുന്നത് തത്വാന്തര പരിണാമേന പ്രധാന തത്വാന്തരപരിനാമേന വിക്രിയത്തെ പ്രധാനമന്ത് ചെയ്യുന്നു അവിടെ പലതായി മാറുന്നു കാണുന്നുണ്ടല്ലോ നമ്മളെന്ത് കാണുന്ന എല്ലാം പലതായി മാറുന്നു ഉള്ളിൽ താൻ കേവലം ബോധസ്വരൂപനായിരിക്കുന്നെങ്കിലും ബാഹ്യമായി തൻ്റെ കൺമുമ്പിൽ കാണുന്ന എന്താണ് പരിണാമമാണ് അത് പ്രകൃതിയിലാണ് സംഭവിക്കുന്ന വിക്രിയാതോ അനേകം അശുദ്ധം അചേതനം ച അതുകൊണ്ട് ഈ ബാഹ്യമായി കാണുന്ന എല്ലാം എന്താണ് അനേകമാണ് അശുദ്ധമാണ് അചേതനമാണ് ഇത്യാദി ധർമ്മാ ധർമ്മത്തോടു കൂടിയതാണ് തദ്വിപരീത പുരുഷൻ അങ്ങനെയല്ല അഹം അസ്മി ഞാനിതാ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന താൻ പുരുഷൻ കേവലം ചൈതന്യം അല്ലെങ്കിൽ ബോധം അതോടുകൂടിയവനാണ് താൻ ബോധിക്കുന്നു അത്രേ ഉള്ളു അല്ലാതെ തന്നിൽ മറിച്ചൊരു പരിണാമം സംഭവിക്കുന്നില്ല ആ ബോധം തന്നെ എന്താണ് സുഖുഖാദുള്ള ബോധം ഇതാണ് സംഖ്യന്മാർ പറയുന്നത് അധു ഇത് എന്താ പറയുന്നത് നാസോ വിശേഷോ വാഗ്മത്തത്വ നിങ്ങൾ ഈ പറയുന്നതിലൊന്നും കാര്യമില്ല വെറും പാചകമടി തിരിച്ചും മറിച്ച് ശബ്ദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ശരിയാകും ആകാശ ഓടാലി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കോടാലി വല്ലതുകൊണ്ട് പറയാം നിങ്ങളുടെ ഈ ദർശനം എന്നൊക്കെ പറയുന്നതാണ് നാസോ വിശേഷോ വാങ് മാത്രത്വ എന്തുകൊണ്ട് പ്രാഗ്ഭോഗോത്പത്തി കേവല ചിന്മാത്രം ഭോക്തൃത്വം നാമ ഭഗോത്പത്തിലേ ചേജായ നിവൃത്തെ ഭിന്മാത്രയോഭവതി മഹതാകാരേണ പരിണമ്യം പ്രധാനം തധാന സ്വപേണവതിഷ്ടയാശേഷമാത്രേണ പ്രധാന പുരുഷയുടെശിഷ്ടവിക്രിയ കല് നിങ്ങൾ പറയുന്നതനുസരിച്ചൊക്കെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രധാനം പുരുഷനെന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല വാസ്തവത്തിലുള്ള അദ്വൈതം അത് ആഗ്രഹിക്കുന്നില്ല പ്രധാനം പുരുഷനും അങ്ങനെ രണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അദ്വൈതമാണ് തൻ്റെയും മനസ്സിലിരിക്കുന്നത് പക്ഷെ അത് പറയാതെ അത് സാഖ്യന്മാരെ കൊണ്ട് പറയിക്കുകയാണ് പൂർവക്ഷം പലപ്പോഴും കൊണ്ടുവരുന്ന എന്തിനു പൂർവ്വപക്ഷിയെ കൊണ്ട് സിദ്ധാന്തം പറയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രക്ഷി പറയണം ആ ഇതാണ് സിദ്ധാന്തം ഇങ്ങനെയാണ് എന്ന് പറയും എന്നാൽ അവിടെ തത്ത്വബോധം ഉണ്ടാകുന്നു അവിടെ പറയുന്നത് നിങ്ങൾ പറയുന്നത് വേറെടുത്ത് ഭോക്തൃത്വം വേറെടുത്ത് കർത്തൃത്തും എന്നൊക്കെ പറയുന്നത് വെറും വാക്ക് മാത്രമാണ് അതുകൊണ്ട് ഭോഗോത്പത്തെ ഭോഗം ഉണ്ടാകുന്നതിന് മുമ്പ് സുഖദുഃഖം ഉണ്ടാകുന്നതിന് മുമ്പ് കേവല ചെന്മാത്ര പുരുഷസ്യ അത് കേവല ചിന്മാത്രനായിരിക്കുന്നു പുരുഷൻ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞെന്താണ് ഈ ഭോഗം അനുഭവം ഉണ്ടാകുന്നത് ഇവിടെ ജാഗ്രത സ്വപ്നങ്ങളിൽ സുഖ ദുഃഖങ്ങളുണ്ടാകുന്നു അതിനനുഭവിക്കുന്നു ഇത് രണ്ടും ഉണ്ടാകുന്നതിനു മുമ്പ് ജാഗ്രതത്തിലേക്കോ സ്വപ്നത്തിലേക്കോ കടക്കുന്നതിന് മുമ്പ് പുരുഷൻ കേവല ചൈതന്യസ്വരൂപനായി ഇച്ഛിത് സ്വരൂപനായി സ്ഥിതി ചെയ്തിരുന്നു അത് എല്ലാവർക്കും അംഗീകരിച്ചേ പറ്റൂ അവിടെ താനാരായിരുന്നു താങ്കന്മാർ അതങ്ങനെ എടുത്തു പറയില്ല പക്ഷെ നമ്മളത് വിശദീകരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അവിടെ കേവലം താൻ ജ്യോതിസ്വരൂപനാണ് അത്രയും പുരുഷ സ്വയം ജ്യോതിഷി അവിടെ കേവല ജ്യോതിസായിരുന്നു ഞാനമാത്രനായിരുന്നു ഇത് ഓരോരുത്തരും സ്വയം തന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യമാണ് അതാണ് പ്രാഗ്ഭോഗോത്പത്തെഹി കേവല ജിന്മാത്ര ഭോക്തൃത്വം നാം വിശേഷോ ഭോഗോത്പത്തികാലേ ജയജായേഹി അവിടെയാണ് ഈ ഭോക്തൃത്വം വരുന്ന അനുഭവം വരുന്നത് എവിടെ ജാഗ്രത സ്വപ്നങ്ങൾ അതാണ് ഭോഗോത്പത്തി കാലം എന്ന് പറയുന്നത് അവിടെ പിന്നെ അനുഭവ പരമ്പരയാണ് സുഖ ദുഖാദികളുടെ ഏതുവരെ അടുത്തൊരു സുഷൃത്തിയിലേക്ക് എത്തുന്നതുവരെ ഇതെല്ലാം ഇവിടെ ഉണ്ടാകുന്നു എന്നർത്ഥം നിവൃത്തേക ഭോഗിയെ പുനഃ തദ്വിശേഷ ചെന്മാത്രയോ ഭൗതി ഇതങ്ങനെ നിൽക്കാൻ പറ്റില്ല ഈ അനുഭവം എന്ന് പറയുന്നത് ഒരു അവസാനമുണ്ട് എവിടെ തിരിച്ചു വീണ്ടും അങ്ങോട്ട് തന്നെ പോകുമ്പോൾ എവിടെ നിന്നാണോ വന്ന് അങ്ങോട്ട് മടങ്ങിപ്പോകുമ്പോൾ ആ സുക്തിയിലേക്ക് പോകുമ്പോൾ എന്നാണ് ഇതെല്ലാം ഇവിടെ അവസാനിക്കുന്നത് നിവൃത്തേക ഭോഗ്യെ ഈ അനുഭവങ്ങൾ നിവൃത്തമായി പുനഃത്തത് വിശേഷപേത ആ വിശേഷങ്ങളിൽ നിന്ന് വിശേഷ അപേതനായി വിശേഷരഹിതനായി ഈ അനുഭവശൂന്യനായി പിന്നെ ചിന്മാത്രയവഭവതി കേവലം ചിത് സ്വരൂപനായി സ്ത്രീ ഇത് പുരുഷ കുറിച്ച് സാങ്ക്യന്മാർക്കും പറയാവെന്നുള്ള കാര്യമാണ് എവിടെ എങ്ങനെയെന്നൊന്നും അവർ ഗഹനമായി ചിന്തിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നു ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് ഈ ഭോഗാനുഭവത്തോടുകൂടിയിരിക്കുന്നു ആയിരിക്കുന്ന പുരുഷൻ തന്നെ ഇത് വിട്ട് കേവല അച്ഛൻമാത്രനായി ഏകനായി അദ്വയനായി സ്ഥിതി ചെയ്യുന്നു ഇത് എന്താ മനസ്സിലാക്കാൻ പ്രയാസം ഈ അനുഭവത്തിലൂടെ നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുകയല്ലേ ജാഗ്രത സ്വപ്ന സൃഷ്ടികളിലൂടെ അനുഭവത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും അതുകൊണ്ട് സാങ്കേനം കാര്യം പറഞ്ഞാൽ മനസ്സിലാവും മഹതാ ത്യാഗാരേണ ഇനി പറയുന്നു പുരുഷനെ സംബന്ധിച്ചിതാണെങ്കിൽ ഇനി നിങ്ങൾ പറയുന്ന പ്രധാനത്തെക്കുറിച്ച് നോക്കാം മഹദാത്യാഗാരേണപരിണമ്യ പരിണാമം സംഭവിക്കുന്നു സൃഷ്ടി ആരംഭിക്കുന്നു അത് സൃഷ്ടി ആരംഭിക്കുന്നു എന്ന് എവിടെയെന്ന് ചോദിച്ചാൽ സാഖ്യന് കൃത്യമായി പറയാൻ പറ്റത്തില്ല അദ്ദേഹം വേണമെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെയതാ നിങ്ങൾ സൃഷ്ടി ആരംഭിക്കുന്നത് ഈ ജാഗ്ര ആരംഭിക്കുന്നത് തന്നെയാണ് സുഹൃത്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നു അതാണ് സൃഷ്ടിയുടെ ആരംഭം ശരി അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് മഹതാത്യാകാരണച്ച പരിണമ്യ പ്രധാനം തത് അപേത്യ ഈ പരിണാമങ്ങളെല്ലാം സംഭവിച്ചിട്ട് വൃഷ്ടിയായ തനി സംഭവിച്ചാലും ശരി സമഷ്ടിയായ ആ ചൈതന്യത്തിൽ സംഭവിച്ചാലും ശരി വഷ്ടി സമഷ്ടിയൊക്കെ അദ്വൈതിയുടെ ഭാഷയിൽ പറയണം സംഘിൻ്റെ ഭാഷയിലല്ല സംഘിൻ്റെ ഭാഷയിൽ പുരുഷന്മാരിൽ സംഭവിക്കുന്നു അങ്ങനെ പരിണാമം സംഭവിച്ചിട്ട് തത് പ്രധാനം തത്വപേത്യ പിന്നെ അതെല്ലാം മാറ്റിവെച്ച് ആ പരിണാമങ്ങളെല്ലാം ഉൾവലിച്ചിട്ട് തന്നിലേക്ക് തന്നെ ലൂതധിഷ്ഠാന്തം പോലെ ചിലന്തിയിലുള്ള ഉദാഹരണം പറയുന്നത് ഇതെല്ലാം തന്നിലേക്ക് മാറ്റി തത്തോപേത്യ പുനഃപ്രധാനം പിന്നെ പ്രധാനം എന്തു ചെയ്യുന്നു സ്വരൂപേണ അവതിഷ്ഠതയെ സ്വയംസ്ഥിതി ചെയ്യുന്നു ഈ പരിണാമങ്ങളൊന്നും കൂടാതെ ഈ സംഖ്യന്മാരുടെ ഈ കാഴ്ചപ്പാട് സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിൽ നിന്ന് സൃഷ്ടി ആരംഭിച്ചു അതാണ് ഈ കാണുന്നത് വീണ്ടും തിരിച്ചതേ ഭാഗത്തിലേക്ക് പോകുന്നു അത് ലയാവസ്ഥ സത്വരജസ്തമ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ ഇത് ഇത്രേ ഖന്മാർ അദ്വൈത് അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയും അത് ശരിയാണ് ജാഗ്രത സ്വപ്ന സുഹൃത്തികളാകുന്ന ഈ അനുഭവത്തെ വിശകലനം ചെയ്തിട്ട് സ്വപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ജാഗ്രതനും അതുപോലെ തന്നെ സ്വപ്നത്തിനും പ്രകൃതി തന്നെയാണ് പരിണമിച്ചിരിക്കുന്നത് അദ്വൈതിക്കും പറയാം പ്രകൃതി തന്നെയാണ് പരിണമിച്ചിരിക്കുന്നത് പക്ഷെ എന്താ പ്രകൃതി ഏത് പ്രകൃതിയാണ് പരിണമിച്ചത് അവിദ്യ പ്രകൃതി ഇത് സംഖ്യമായി സ്വീകരിക്കുന്നുണ്ട് അവർ പറയുന്നത് സത്വര സ്തമോ ഗുണം കൊണ്ട സാമ്യാവസ്ഥയിൽ നിന്ന് സൃഷ്ടി വന്ന് വീണ്ടും തിരിച്ച് അതുപോലെ പുനഃ പ്രധാന സ്വരൂപേണ് അവർ ദൃഷ്ടത്തെ സ്വരൂപസ്ഥിതനായിരിക്കുന്നു പുരുഷൻ എങ്ങനെയാണോ സ്വരൂപസ്ഥിതനായത് അതുപോലെ പ്രധാനവും സ്വരൂപസ്ഥിതനായിരിക്കുന്നു വ്യത്യാസം കല്പനായോ ശരി അങ്ങനെ കല്പിച്ചു കഴിഞ്ഞാൽ കസ്റ്റ ദോഷം ഇതിന് ദോഷമൊന്നുമില്ല എന്തുകൊണ്ടില്ല വാങ് മാത്ര പ്രധാന പുരുഷ വിശിഷ്ട വിക്രിയ കല്പി ഇത് വെറും കല്പന മാത്രമാണ് വാക്കുകൊണ്ട് പറയുകയാണ് പുരുഷൻ വരെ പ്രകൃതി വരെ ഫലത്തിൽ രണ്ടിൽ ഒന്ന് തന്നെ എന്തുകൊണ്ട് പുരുഷനും മാറ്റം സംഭവിക്കുന്നു പ്രകൃതിക്കും മാറ്റം സംഭവിക്കുന്നു രണ്ട് സ്വീകരിക്കേണ്ടി വരും വാങ് മാത്ര ഒരു പ്രവൃത്തി കിടക്കുന്നു പ്രകൃതിയിൽ മറ്റൊരു പ്രവർത്തി കിടക്കുന്നു സാങ്ഖ്യന്മാർക്ക് പറയാൻ പറ്റില്ല രണ്ടിടത്തും ഒരുപോലെ തന്നെ സംഭവിക്കുന്നു പുരുഷനും ഇതെല്ലാം വിട്ടിട്ടിരിക്കുന്നു പ്രകൃതിയും ഇതെല്ലാം വിട്ടിട്ടിരിക്കുന്നു പുരുഷനും ഒരു സാമ്യാവസ്ഥയുണ്ട് പുരുഷ പ്രകൃതിക്ക് സാമ്യാവസ്ഥയുണ്ട് എന്ന് കരുതാം രണ്ടും തമ്മിലിപ്പോൾ വ്യത്യാസമില്ലാതെ വരും പ്രകൃതിയും പുരുഷനും തമ്മിലെന്താ വ്യത്യാസം പുരുഷൻ ഇങ്ങനെയെല്ലാമായി വികാരങ്ങൾ വന്നിട്ട് സ്വതക്കാതെ അനുഭവങ്ങൾ വന്നിട്ട് അത് അനുഭവം കൂടാതിരിക്കുന്നു അതുപോലെ പ്രകൃതിയും നാനാരൂപത്തിൽ വന്നിട്ട് അത് കൂടാതെ നിൽക്കുന്നപ്പോൾ രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം സാമ്യാവസ്ഥയിൽ നിൽക്കുന്നു പിന്നെ വാക്കുകൊണ്ടെന്ന് പറയാം ഇത് പുരുഷനാണ് പ്രകൃതിയാണ് ഫലത്തിന് വ്യത്യാസമൊന്നുമില്ല പുരുഷന് സങ്കല്പപൂർവകമായി അവിടെ ഭോക്തൃത്വം വന്ന് വികാരം വന്നിട്ട് വീണ്ടും അത് വികാരരഹിതനായിരിക്കുന്നു പ്രകൃതിയും അതുപോലെ തന്നെ പ്രണാമിച്ചിട്ട് വീണ്ടും വികാരരഹിതമായി സാമ്യാവസ്ഥയിലിരിക്കുന്നു എന്നർത്ഥം വ്യത്യാസം എന്നാണ് അഥവാ ഭോഗകാലി ചിന്മാത്ര വീണ്ടും ഈ സ്വതൂഖ്യങ്ങളെ അനുഭവിക്കുന്ന സമയത്തും പുരുഷൻ ചിന്മാത്രനായി തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് ദോഷമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിലോ പരമാർത്ഥ ഭുരുഷ അങ്ങനെയാണെങ്കിൽ പുരുഷനിൽ പരമാർത്ഥമായ അനുഭവങ്ങൾ നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും ഭോഗകാല ചിന്മാത്ര വിക്രിയ പരമാർത്ഥ ദൈവം ചിന്മാത്ര ചിത്തായിരിക്കുന്ന പുരുഷന് സംഭവിക്കുന്ന വികാരങ്ങളെല്ലാം പരമാർത്ഥമാണെന്ന് പറയേണ്ടി വരും ചേന പുരുഷ ഉപഭോഗ പുരുഷസ്യതുകൊണ്ട് പുരുഷനിൽ ഭോഗം സംഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും ഈ ചെന്ന പ്രധാനസ്യ വിഭോഗകാരി വിക്രിയാത്വ ഭോക്തൃത്വ പ്രസംഗം അങ്ങനെയാണെങ്കിൽ പുരുഷനിൽ വികാരം കൊണ്ട് ഭോക്തൃത്വം വരാമെങ്കിൽ പ്രകൃതിയിലും വികാരം കൊണ്ട് ഭോക്തൃത്വം വരാം ചിന്മാത്രസിയ വിക്രിയ ഭോക്തൃത്വം ഇത് ചെയ്തു അത് വരുന്നതിന് എന്താ ദോഷം കാരണം ഈ പുരുഷന് വരുന്ന വികാരം എന്ന് പറയുന്നത് കേവലം ഔഷ്ദി അസാധാരണ ധർമ്മപദാം അഗ്നിയാധീനാം അഭോക്തൃത്വ ഹെത്തനുഭൂതി പറയുന്നത് ശരിയല്ല കേവലം ചിത്തായിരിക്കുന്ന പുരുഷനൽ അത് ചിത്തായിരിക്കുന്നത് ചൈതന്യമായിരിക്കുന്നുണ്ട് ഭോക്തൃത്വം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പ്രകാശസ്വരൂപമുള്ള ഭൗതിക വസ്തുക്കളിലും അഗ്നിയാദികളിലും ഭോക്തൃത്വം വരണം ചെന്മാത്രസേ വിക്രിയ ഭോക്തൃത്വം ഇതി ചെയ്ത് ഔഷ്ണിയാന്ദ്യ അസാധാരണ ധർമ്മപദാം അഗ്നിയാധീന അഭോക്തൃത്വ ഹിത്വനുഭൂ അഗ്നിയാദികളിലും ഭോക്തൃത്വം വരണം അപ്പോൾ ചൈതന്യം അത് വേറെയാണ് ഭൗതികമായ പ്രകാശം അത് വേറെയാണ് ചൈതന്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രകാശം എന്നുള്ള തോന്നലും ഭൗതിക പ്രകാശം ചൈതന്യം പുരുഷ സ്വഭാവമാണ് അവിടെ സംഭവിക്കുന്നതെല്ലാം ബാഹ്യമായ പ്രകാശത്തിന് സംഭവിക്കണമെന്ന് പറയുന്ന കാര്യമില്ല അത് രണ്ടും രണ്ടാണ് അപ്പോൾ ചിന്മാത്രനായിരിക്കുന്ന ആ പുരുഷൻ അവനിൽ വിക്രിയ വന്നു ഭോക്തൃത്വം വരുന്നു എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രകാശ സ്വരൂപമായിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും അതുപോലെ ഭോക്തൃത്വം വരേണ്ടി വരും എന്നാണ് സിദ്ധാന്തി പറയുന്നത് ചിന്മാത്രത കേവല ചുസ്വരൂപം അത് നമ്മൾ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച തൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ആ കേവല ചിന്മാത്ര രൂപതയെ കുറിച്ചുള്ള ബോധമുണ്ടാകും പുരുഷൻ ശ്രോതാവിന് ആ ബോധത്തിനാണ് ഇവിടെ പ്രാധാന്യം പുരുഷൻ ചിന്മാത്രനായി തന്നെ ഇരിക്കുന്നു അതിൽ ബോധിച്ചാലും ബോധിച്ചില്ലെങ്കിൽ വിശേഷമൊന്നും സംഭവിക്കുന്നെങ്കിൽ പക്ഷെ തന്റെ അച്ഛ സ്വരൂപതയെക്കുറിച്ചുള്ള ബോധം അറിവ് അതൊരുവരിൽ പ്രകാശിക്കുമ്പോൾ അപ്പോ മാത്രമേ മനസ്സിലാവൂ എന്താണ് ഈ സംഘീൻ പറയുന്നത് എന്താണ് അദ്വൈതി പറയുന്നത് സംഘീൻ പറയുന്ന പുരുഷന്റെ ഭോക്തൃത്വം എന്താണ് അദ്വൈതി പറയുന്ന പുരുഷന്റെ ജ്ഞാനസ്വരൂപത എന്താണെന്നുള്ളത് അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് പുരുഷനിൽ ഭോക്തൃത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രധാന പുരുഷയോർ ദേവർ യുഗവത് ഭോക്തൃത്വം പ്രധാനത്തിലും അതുപോലെ ഭോക്തൃത്വത്തെ സ്വീകരിക്കേണ്ടി വരും ഇനി ചെന്ന പ്രധാനസ്യാർത്ഥ്യം പോലെ അത് സാധ്യമല്ല പ്രധാനം പുരുഷാർത്ഥമാണ് മറ്റൊന്നിനു വേണ്ടിയിട്ടാണ് അത് സ്വയംഭോക്താവാൻ വേണ്ടിയിട്ടുണ്ട് അതും ഒരു പ്രധാനമായ തത്വമാണ് തനിക്ക് വേണ്ടിയാണെല്ലാം സൃഷ്ടി മുഴുവൻ തനിക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടി മുഴുവൻ ശ്രമിക്കുന്ന എന്താണോ ഈ ഭോക്തമായിരിക്കുന്ന പുരുഷനെ സന്തോഷിപ്പിക്കുക അതാണ് പുരുഷന്റെ ഭോഗമെന്ന് പറയുന്നത് അല്ലാതെ പുരുഷൻ പ്രകൃതിയെ സന്തോഷിപ്പിക്കാൻ പോവുകയല്ല പ്രകൃതി പുരുഷനെ സന്തോഷിപ്പിക്കാൻ വരികയാണ് അതിനാണ് നർത്തകിയുടെ ഉദാഹരണം പറയുന്നത് അതിന് ആ സന്തോഷത്തെ ഗ്രഹിക്കുന്നതിനുള്ള ചൈതന്യം പുരുഷനിലുണ്ടെന്നേ ഉള്ളൂ അത് പ്രകൃതിയിലില്ല ജഡപപ്രകൃതി തന്നെ ഈ പുരുഷനെ ആനന്ദിപ്പിക്കുന്നു തിരിച്ചല്ല അതാണ് അതാണ് പ്രധാന സി പാരാർത്ഥ്യ രൂപത്തെ ആ ഭോക്തൃത്വം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനം പുരുഷന് വേണ്ടി ആണ് എന്നുള്ള സിദ്ധാന്തത്തിന് വിരോധം വരും സംഖ്യമാല സിദ്ധാന്തമാണ് പുരുഷന് വേണ്ടിയാണ് പ്രധാനം പ്രധാനസ്യ പാരാർത്ഥ്യാനുഭവത്തെ അത് ശരിയില്ലാതെ എന്തുകൊണ്ട് ഹീ ഭോക്തൃ ദയോർ ഇതിനെതിര ഗുണപ്രധാന ഭാവപത്തിനെ രണ്ടിനെയും ഭക്താവായ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രധാനത്തിനേയും പുരുഷനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു ഒന്നും മറ്റൊരാൾക്ക് വേണ്ടിയെന്ന് പറയേണ്ടി വരും അത് സംഭവിക്കത്തില്ല എന്തുകൊണ്ട് പ്രകാശം ഒരു ഇതരേതര പ്രകാശിനെ ഒരു പ്രകാശം മറ്റതിനെ പ്രകാശിപ്പിക്കുന്നുവെന്ന് പറയുന്നത് നല്ല അബദ്ധമാണ് ചൈതന്യം ജഡത്തിനെയും ജടം ചൈതന്യത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രകാശം മറ്റതിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് പ്രകാശം എത്ര വലുതായിക്കൊള്ളട്ടെ ചെറുതായിക്കൊള്ളട്ടെ ഒരു പ്രകാശത്തിന് മറ്റു പ്രകാശത്തെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് രണ്ടിലും ഭോക്തൃത്വം ഉണ്ടെന്നും പറയാൻ പറ്റില്ല വരുമ്പോൾ ഉറുവക്ഷി അങ്ങനെ തൻ്റെ സിദ്ധാന്തങ്ങളിൽ നിന്ന് പിൻവലിപ്പിച്ച് പിൻവലിപ്പിച്ച് അതിൽ നിന്നെല്ലാം മാറ്റി മാറ്റി ആ കുറവക്ഷിയുടെ മനസ്സിനെ ഏകാഗ്രമാക്കി അതിനെ തന്നെ തന്നെ അമർത്തുക തന്നെ തന്നെ ആ തത്വത്തെ പ്രകാശിപ്പിക്കുക അതാണ് ഇവിടുത്തെ രീതി അത് ഇത് വിചാരത്തിൻ്റെ രീതി അതാണ് ഒരുപാട് കാടുകാരി ഒക്കെ സംസാരിക്കും കാടുകയറി സംസാരിച്ചിട്ട് അതെല്ലാം ബർദ്ധമാണെന്ന് ബോധിപ്പിച്ചിട്ട് തന്നിലേക്ക് അടുത്തു വരുന്നു മറ്റേ തന്നെ പ്രകാശിപ്പിക്കും ഇതാണോ കാട് കയറുന്നതാണ് ദോഷം തന്നിലേക്ക് വരണം അതുകൊണ്ട് കുറുപക്ഷം ദോഷമല്ല ആ സിദ്ധാന്തത്തിലെത്തിച്ചേർന്ന അതുകൊണ്ട് പ്രധാന പുരുഷന്മാർ രണ്ടുപേരും ഭോക്താക്കളല്ല ഒരു പ്രകാശത്തിനും മറ്റു പ്രകാശത്തെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല സംഗീതിന്റെ സിദ്ധാന്തം തന്നെ എന്താണ് പുരുഷാർത്ഥമാണ് പ്രകൃതി എന്നു പിന്നെ ഏതുവരെ അങ്ങിനെ ചിന്തിക്കാമെന്ന് പറയുന്നു ഭോഗധർമ്മീ സത്വം ചേതന്യ പ്രതിബിബോ ഉദയോ അവക്രിയ പുരുഷസ്യ ഭോക്തൃത്വം പറയുന്നു ബുദ്ധി എന്ന് പറയുന്ന ഒരു തത്വമുണ്ട് ഭോഗമെന്ന് പറയുന്ന ധർമ്മം അവിടെയായിരിക്കുന്നത് സുഖ ദുഃഖാനുഭവങ്ങളെന്ന് പറയുന്ന ബുദ്ധിയിലാണ് സത്വാംഗ്നി അത് സത്വമാണവിടെ പ്രധാനമായിരിക്കുന്നത് അങ്ങനെയുള്ള ബുദ്ധിയിൽ ചേതസിൽ ചൈതന്യ പ്രതിബിംബവും ദൈവ ചൈതന്യത്തിന്റെ പ്രതിബിംബം സംഭവിക്കുന്നു ഉള്ളിലിരിക്കുന്ന ചൈതന്യം ബാഹ്യമായിരിക്കുന്നു ചേതസ്സൽ പ്രതിബിംബിക്കുന്നു അങ്ങനെ പ്രതിബിംബിക്കുന്നതാണ് അവിക്രി പുരുഷസ് ഭോക്തൃത്വം അതാണ് ഭോക്തൃത്വം ഇത് പറയുന്നു പുരുഷസ് വിശേഷഭാവേ ഭോക്തൃത്വ കൽപ്പന അനർത്ഥിക്കുക പുരുഷന് അങ്ങനെ ഭോക്തൃത്വം എന്ന് പറയുന്ന വിശേഷമൊന്നും ഉണ്ടാവുന്നില്ല പുരുഷന് എന്തെങ്കിലും ഒരു പരിണാമമോ വികല്പമോ ഒന്നും ഉണ്ടാവുന്നില്ല കേവല ചൈതന്യസ്വരൂപനായിരിക്കും അവിടെ പിന്നെ ഭോക്തൃത്വത്തെ കല്പിക്കുന്നത് വ്യർത്ഥമാണ് ഏത് രീതിയിലായാലും എന്താണ് അവിടെ പുരുഷന് ചൈതന്യം ഉണ്ടായി അവിടെ ചേതസ്സൻ ചൈതന്യം ഉണ്ടായി അങ്ങനെ ആ ചൈതന്യ ൊണ്ട് ചേസ് എന്ന് പറഞ്ഞാൽ ചിത്തം ബുദ്ധി അതുകൊണ്ട് ഭോക്തൃത്വം എന്നെല്ലാം പറയുമ്പോൾ അദ്വൈതത്തോട് അടുത്ത് വരുന്നുണ്ട് അദ്വൈതീം പറയുന്നത് എന്താണ് പുരുഷനല്ല അവിടെ ചിടുകൂടി അന്ധകരണം അന്ധകരണത്തിലാണ് ഭോക്തൃത്വം അതുപോലെ അടുത്ത് വരികയാണ് അവിദ്യ എന്ന് പറയുന്ന ഒന്നിനെ കൂടി സ്വീകരിച്ചാൽ മതി അതൊക്കെ സത്യമാണ് സ്വീകരിക്കാമായിരുന്നു അത് എന്ത് വേണോ പറയാം പറയുന്ന ഒന്ന് സത്യമാണെന്ന് കരുതരുത് അതാണ് അദ്വൈതിയുടെ നിലപാട് ഭോക്തൃത്വം ഒന്നും ഭർത്തൃത്വം എന്നും എന്തുകൊണ്ടോ പറയാം പക്ഷെ സത്യമല്ല പരമാർത്ഥമല്ല ആരോ വിധമാണ് അതുകൊണ്ട് പുരുഷനിൽ വിശേഷങ്ങളൊന്നും സംഭവിക്കാത്തത് കൊണ്ട് ഭോക്തൃത്വം അവിടെ ഇല്ല എല്ലാം പ്രകൃതിയിലാണ് പരമാർത്ഥത്തിലെല്ലാം അന്നർക്കും ഭോഗരൂപത് അന പുരുഷ സദാ നിർവിശേഷ കണീയത്തിനർഷ്യ പുരുഷന് അനർത്ഥമായി ഭോഗം ഇല്ല എന്ന് വന്നുകഴിഞ്ഞാൽ പുരുഷൻ നിർവിശേഷമാണ് യാതൊരു വിശേഷങ്ങളും ധർമ്മങ്ങളും ഇല്ലാത്തവനാണ് അതാണല്ലോ അദ്വൈതി പറയുന്നത് ഏകമയവാധു അങ്ങനെയാണെങ്കിൽ ഈ പുരുഷന് വേണ്ടി എന്തിനീ മോക്ഷശാസ്ത്രത്തെ ഉണ്ടാക്കി എന്തിനു ഉപദേശം എന്തിനു ഗുരു പശ്യാപ്പനാർത്ഥം എന്തും ഇല്ലാതാക്കുന്നത് ഏത് സംസാരത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോക്ഷ സാധനശാസ്ത്രം പ്രണീയത നിങ്ങൾ ശാസ്ത്രത്തെ ഉണ്ടാക്കിയിരിക്കുന്നു നിങ്ങളെന്തിനേ വാചം പഠിക്കുന്നു നിങ്ങളാരും ഉപദേശിക്കുന്നു എന്നുകൊണ്ട് പുരുഷൻ നിത്യമുക്തനാണ് എന്തൊക്കെ ആവശ്യം തോന്നുന്നു പറയുന്നു അദ്ദേഹം പറയും അദ്വീതിയുടെ എല്ലാ റെഡിമെയ്ഡ് ഉത്തരവുണ്ട് എന്താണ് അവിദ്യ അധ്യാരോഹിത അനർത്ഥ അപനയനായ ശാസ്ത്രം അവിദ്യാകല്പിതമായ അനർത്ഥങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശാസ്ത്രജ്ഞ ഉണ്ടാക്കിയത്ഥ പുരുഷഭോക്തന കർത്ത പ്രധാനം കർത്തവന ഭോക്തർ പരമാർത്ഥ സത് വസ്തു കൽപ്പന ആഗമബാഹ്യ വ്യർത്ഥ നിർഹേതുകാ ചെയ്തി ആദർത്തവ്യാ മോക്ഷിബിഹി അങ്ങനെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവദ്യ ആരോപിതമായ അനർത്ഥങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രം ഉപദേശങ്ങളെല്ലാം അതിനുവേണ്ടിട്ടാണ് എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ പരമാർത്ഥ പുരുഷഭോക്ത സാങ്കേതികമാരെന്താണ് പുരുഷൻ ഭോക്താവാണ് കർത്താവർത്താണ് വസ്തുമായ സത്യമായ വസ്തുവാണ് പ്രകൃതി എം കല്പന ഈ കൽപ്പനകളെല്ലാം എന്താണ് ആഗമബാഹ്യ ശ്രുതിവിരുദ്ധമാണ് വ്യർത്ഥ വ്യർത്ഥമാണ് നിർഹേതുവ ഹേതുല്ലാത്തതാണ് ശരി അനാഥർത്തവ്യ മോക്ഷി ഇതൊന്നും മോക്ഷുകൾക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല പുരുഷൻ ഭോക്താവാണ് കർത്താവല്ല പ്രധാനം കർത്താവാണ് ഭോക്താവല്ല പിന്നെ പ്രധാനം പുരുഷനിൽ നിന്ന് അന്യമായ സത്യവസ്തുവാണ് ഇങ്ങനെയുള്ള ഈ കൽപ്പനകളൊന്നും ആഗമബാഹ്യമാണ് വ്യർത്ഥമാണ് ഇല്ല ഹേതു ഉള്ളതല്ല അത് മൂക്ഷുക്കൾ സ്വീകരിക്കാൻ പാടില്ല അദ്ദേഹം കുറയുന്നു ചെറിയൊരു വ്യത്യാസത്തിൽ അവസാനം രണ്ടുപേരും യോജിക്കും ചെറിയൊരു വ്യത്യാസം മാത്രം ആ വ്യത്യാസത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ആ വിദ്യ വിദ്യ സംഘന്മാർ ഇവിടെ ആ വിദ്യയുടെ താല്പര്യം വേറെയാണ് ശാസ്ത്ര പ്രേണന ദക്യ പുരുഷനെ അദ്വയമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏകമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പുരുഷ ബഹുത്വത്തെ തള്ളിക്കളഞ്ഞിട്ട് ഈശ്വരനീ എല്ലാം തള്ളിക്കളഞ്ഞു ഈശ്വരനും അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഏകത്വ വി ഏകനായ പുരുഷനാണോ അദ്വയനായ പുരുഷനാണോ എന്ന് വന്നു കഴിഞ്ഞാൽ ശാസ്ത്രപ്രേരണ അധ്യാനർത്ഥിക്കും ശാസ്ത്രം ഇതെല്ലാം വൃത്തമായി തീരും എന്തിനു വേണ്ടി ശാസ്ത്രം ആര് ശാസ്ത്രത്തെ ഉണ്ടാക്കി എന്ത് ബന്ധം എന്ത് മോക്ഷം സാറിന് അദ്വൈതം കേട്ടിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ടല്ലോ നിങ്ങളീ പറയുന്നതാണ് എങ്കിൽ പിന്നെ ഇത് പറയുന്നതിന് ആര് കേൾക്കുന്ന ആര് ഗുരുവിനൈവശേഷ്യ എന്നൊക്കെ പറയാറില്ല ഏകം അദ്വയം അതിന് മറ്റൊന്നും നിലനിൽക്കത്തില്ല പിന്നെ ശാസ്ത്രവും ഗുരുവൊന്നും ആവശ്യമില്ല അനടത്തിക്ക് വലിയ ചെയ്യുന്നോ അഭാവ അഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് സസു ഈ ശാസ്ത്ര പ്രണയു തദ്ക്ഷു ശാസ്ത്രത്തിന്റെ പ്രണയനം അനർത്ഥകം സാർത്ഥകം വേദി വികൽപ്പന പറയും ഞങ്ങൾ അദ്വൈതികൾ പറയുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം വരുന്നില്ല ശാസ്ത്ര ശാസ്ത്രം എന്ന് പറയും ശാസ്ത്രം ആർക്ക് വേണ്ടിയിട്ടാണ് അജ്ഞന് വേണ്ടിയിട്ടാണ് ഈ ബോധമില്ലാത്തവന് വേണ്ടിയിട്ടാണ് ഈ ബോധമില്ലാത്തവന്റെ ഭാഗമാണ് ശാസ്ത്രം അവന്റെ ബുദ്ധിയുടെ അറിവിന്റെ ഒരു ഭാഗമാണ് ശാസ്ത്രം പറയുന്നു ബോധമുള്ളതിനെന്താ ശാസ്ത്രം അതിവിടെ വ്യക്തമായും പറയുന്നു ഇവിടെ ബൃഹധാന്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എത്ര വേദ അവേദ വേദം വേദമല്ലാതായി ചേരുന്നു അപ്പൊ അങ്ങനെ ശാസ്ത്രത്തിന് അനർഹമായ പ്രാധാന്യം കൂടെ കൊടുക്കുന്നില്ല അവർ ഇന്ന് സസുഹി ശാസ്ത്ര പ്രണേത്രാദിഷ് ഫലാർത്ഥി ശാസ്ത്രമുണ്ടാക്കുന്ന ആള് ശാസ്ത്രത്തിൽ നിന്ന് വിചാരം ചെയ്യാനാണ് അതിൽ നിന്ന് ജ്ഞാനം അതിൽ നിന്ന് മോക്ഷം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശാസ്ത്രസേ പ്രണയനം അനർത്ഥകം സാർത്ഥകം വേദി വികൽപ്പനാ അപ്പോൾ ഇത് ശാസ്ത്രം ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെയുള്ള വിചാരങ്ങളുടെ ഒരു തലമുണ്ട് അതാദ്യം മനസ്സിലാക്കണം ശാസ്ത്രം ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ അങ്ങനെ ചർച്ച ചെയ്യാൻ നമുക്ക് അതിൻ്റെതായ തലമുണ്ട് പക്ഷെ എന്നൊക്കെ ആത്മീകത്വം ആത്മീയത്വം എന്നുവെച്ചാൽ ആത്മീകത്വത്തെ ബോധിച്ചവരുവനെ സംബന്ധിച്ച് ആത്മേകത്വത്തെ ഗ്രഹിച്ചവനെ സംബന്ധിച്ച് ശാസ്ത്ര പ്രണേത്രാദേഹത്തോ ഭിന്ന സന്ധി ഭിന്നതോ ഭിന്നം അവനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം ശാസ്ത്രത്തെ സൃഷ്ടിച്ചവര് വേദം വേദകർത്താവ് ഇതൊന്നും അവനിൽ നിന്ന് ഭിന്നമേ അല്ല അതായത് ആത്മീയത്വ ബോധത്തിൽ നിന്നുകൊണ്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത് അതോ ആ ബോധമില്ലാതെയാണോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആത്മാവേഗമാണ് അതാദ്യം മനസ്സിലാവും പിന്നെ അവിടെ കൂടുതലായിട്ട് എന്താ വേണ്ടത് ആത്മീകത്വ ബോധം അത് ഇനി നിങ്ങൾ സംസാരിക്കുന്ന ആത്മീകത്വ ബോധത്തിൽ നിന്നുകൊണ്ടാണോ അതോ ബോധമില്ലാതെയാണ് ആത്മീകത്വ ബോധത്തിൽ നിന്നുകൊണ്ടുവരുമ്പോ അയാളെ സംബന്ധിച്ച ശാസ്ത്രവും ശാസ്ത്ര പ്രണേതാവും ഒന്നും തന്നിൽ നിന്ന് അന്യമല്ല തന്നിൽ നിന്നും അന്യമല്ല എന്നറിയുന്നതിനാണ് ബോധം എന്ന് പറയുന്നത് ആത്മബോധമെന്ന് പറയുന്നത് ആത്മബോധത്തിൽ ഇതും അന്തർഭവിച്ചിരിക്കുന്നു ആത്മാവിനെക്കുറിച്ച് പറയുന്നത് നിത്യമാണ് ശുദ്ധമാണ് മുക്തമാണ് എന്ന് പറയുന്നത് സച്ചിദാനന്ദ തന്റെ സ്വരൂപമാണ് ഇതൊക്കെ ആത്മബോധം ഇതുപോലെയാണ് ആത്മബോധം ഈ ബോധമുള്ളവന് ഇങ്ങനെ ഒരു ബോധം കൂടിയുണ്ട് എന്താണ് ശാസ്ത്രവും ശാസ്ത്രത്തെ നിർമ്മിച്ചവനും ഒന്നും തന്നൊന്നും അന്യമല്ല എന്നുവെച്ചാൽ എന്താണ് താൻ തന്നെയാണ് എല്ലാമായിരിക്കുന്നത് ശാസ്ത്രമായും ശാസ്ത്ര പ്രണേതാവായും എല്ലാം ആയിരിക്കുന്നത് താൻ തന്നെയാണ് വിദ്യയായും അവിദ്യയായും ജ്ഞാനമായും അജ്ഞാനമായും എല്ലാം സ്ഥിതിയിൽ നിന്ന് താൻ തന്നെയാണ് ആ ബോധമുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് ആത്മീകത്വ ശാസ്ത്ര പ്രണയിത്രിന്നാസ തത് അഭാവേ അഭാവ ബോധത്തിൽ അവൻ അന്യമായി ഒന്നിനെയും കാണുന്നില്ല എവം വികൽപ്പനൈവാനൂപന്ന അതുകൊണ്ട് അവിടെ പിന്നെ ശാസ്ത്രം എന്താണ് അതിൻ്റെ ആവശ്യമുണ്ട് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നുകൂടെ യാതൊരു സ്ഥാനം ശാസ്ത്രത്തെ നിങ്ങൾ നിന്ദിക്കുന്നു ശാസ്ത്രത്തെ നിങ്ങൾ പൂജിക്കുന്നു അതൊന്നും അവിടെ വിഷയമില്ല അതുപോലെ ശാസ്ത്ര പ്രണയതാവിനീ ഉണ്ടാക്കിയാണ് നിങ്ങൾ ആദരിക്കുന്നു തിരസ്കരിക്കുന്നു അതൊന്നും വിഷയമില്ല എന്തുകൊണ്ട് അവൻ്റെ ബോധത്തിന് അവനിൽ അന്യമായി ശാസ്ത്രമില്ല ശാസ്ത്രത്തെ ഉണ്ടാക്കിയാണ് നിങ്ങൾ ഈ ചോദിക്കുന്ന മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു പോയാൽ ആത്മാവേകമാണെങ്കിൽ പിന്നെ ശാസ്ത്ര വ്യർത്ഥമായില്ലേ ആർക്കു വേണ്ടി എന്തിന് ആര് ശാസ്ത്രജ്ഞ ഉണ്ടാക്കി ചോദ്യം വരത്തില്ല ഇത് എല്ലാ സ്ഥലത്തും വരാം സർവസ്ഥലം ആത്മാവേകമാണെങ്കിൽ ഗുരു വ്യർത്ഥമായില്ലേ ആത്മാവ് വേകമാണെങ്കിൽ ഭക്ഷണം വ്യർത്ഥമായില്ലേ വ്യവഹാരങ്ങൾ വ്യർത്ഥമായില്ലേ അന്നപാനാദികളെല്ലാം വ്യത്ഥമായില്ലേ ഗുരുവിശിഷ്യബന്ധം വ്യത്ഥമായില്ലേ ചോദിക്കുന്നതാണ് ആത്മീയത്വം ആണെങ്കിൽ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ അതാ ചോദിക്കുന്നത് പറയുന്നു അത് ആത്മീയത്വം ആണെങ്കിൽ എന്നല്ല ആത്മീയത്വം ആണെങ്കിൽ എന്നൊരു ഭക്ഷണമില്ല അദ്വിനെ സംബന്ധിച്ച് ആത്മീയത്വബോധത്തിൽ എന്ന ഇതൊക്കെ വ്യത്ഥമാവോ നമ്മൾ ചോദിക്കും ആത്മീയത്വ ബോധത്തിൽ അങ്ങനൊരു ചർച്ചയില്ല ഇതൊക്കെ സാർത്ഥകമാണോ അതോ ഇവിടത്തമാണോ എന്തുകൊണ്ട് ആത്മീയകോധത്തിൽ അന്യമായി ആത്മാഅന്യമായി ഒന്നും തന്നെയില്ല ഉണ്ടെങ്കിലല്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് സാർത്ഥകമാണോ വിടത്തമാണോ നമ്മൾ സാധാരണഗതി സമർത്ഥിക്കാൻ ശ്രമിക്കും പലപ്പോഴും ആത്മാകത്വം ആത്മാവേകമാണെങ്കിലും ഇതൊക്കെ ആവശ്യമാണോ ഗുരു നൈവ ശിഷ്യ എന്നൊന്നും പറയാൻ പാടില്ല ആത്മവേഗമാണെങ്കിലും അതിനൊക്കെ ആവശ്യമുണ്ട് ഇതാരോടാ പറയുന്നത് ആത്മീകത്വം ഇല്ലാത്തവനോട് പറയാണ് നിനക്ക് ആ ബോധമില്ലാതുകൊണ്ട് നിനക്കൊക്കെ ആവശ്യമുണ്ട് ഇവിടെ അതല്ല ചർച്ച ചെയ്യുന്നത് ആത്മീയത്വ ബോധത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യണം ആത്മീയത്വ ബോധത്തിൽ ആ ബോധമില്ലാത്തവനില്ല ഗുരുവില്ല ശാസ്ത്രമില്ല അതൊക്കെ വ്യർത്ഥമാണെന്നല്ല മറിച്ച് അങ്ങനെയൊരു ചിന്ത അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്നുവെച്ചാൽ ആത്മീയത്വബോധത്തിൽ ദ്വൈതത്തെ കണ്ടുകൊണ്ടുള്ള ചർച്ചയില്ല എന്നർത്ഥം ആത്മീയത്വബോധത്തിൽ ദ്വൈതത്തെ അപവദിച്ചുകൊണ്ടുള്ള ചിന്തയോ ആത്മീയത്വബോധത്തിൽ ആത്മീയത്വബോധത്തിൽ നിന്നുള്ള ചിന്തയേ ഉള്ളൂ അതുകൊണ്ട് സാർത്ഥകമാണോ നിരർത്ഥകമാണോ എന്നുള്ളൊരു ചർച്ചയ്ക്ക് എന്നും അവിടെ യാതൊരു പ്രസക്തിയും അതാണ് ഇവിടെ പറയുന്നു ഈ സന്ദർഭത്തിൽ ഈ പ്രക്രിയയിൽ പറയുന്നത് എങ്ങനെയാണ് ചിലടത്ത് അങ്ങനെയല്ല പറയും ആത്മീയ ആത്മീയത്വമാണെങ്കിൽ ഇതന്നെ ആവശ്യമാണ് ഗുരുവിശാസ്ത്രമൊക്കെ ആവശ്യമാണ് എന്തുകൊണ്ടവിടെ ആത്മീകത്വ ബോധമില്ലാത്തവരോട് സംസാരിക്കുന്നുണ്ട് ഇവിടെ ആ ബോധമില്ലാത്തവരോടുള്ള സംസാരിക്കുന്നത് ഇവിടെ പറയുന്നു ആത്മീകത്വ ബോധത്തിൽ അതിലാണ് ഇവിടെ അല്ല ആത്മീയത്വ ബോധമില്ലാതെ ആത്മീയത്വത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം ആത്മീയത്വ ബോധത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കണം ആത്മീകത്വത്തെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ആത്മീയത്വം എന്ന് പറയുകയും ആ ബോധമില്ലാതിരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു ചർച്ച എന്താ പ്രയോജനം ചെയ്തു ആത്മീയത്വം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ആത്മീയത്വ ബോധമുണ്ടെന്നർത്ഥം ആ ബോധത്തിൽ സാർഥക നിരർത്ഥക ചിന്തകൾക്കൊന്നും ഒരു സ്ഥാനമുണ്ട് അവിടെ എന്താണ് അന്യമായി ഒന്നും തന്നെ അതാണ് ശാസ്ത്ര പ്രണയ തോ ഭിന്ന സന്ധി എന്നതഭാവേ ഏവം വികല്പനെയ്വാനു അങ്ങനെ ഒന്നില്ലാതിരിക്കുക നിങ്ങളുടെ വികല്പങ്ങൾ ഇതൊക്കെ സാർത്ഥകമാണോ നിരർത്ഥകമാണോ എന്നുള്ള ചിന്ത തന്നെ അയുക്തമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ആത്മീകത്വബോധത്തിന്റെ പൂർണ്ണതയെ കാണിക്കേണ്ടത് ആത്മീകത്വബോധത്തെ അന്യമായി കണ്ടുകൊണ്ട് ആത്മീയത്വബോധമില്ലാത്ത ഒരുവനെ കണ്ടുകൊണ്ട് അവനോട് സംസാരിക്കുമ്പോഴാണ് ഇതൊക്കെ വേണോ വേണ്ട എന്നുള്ള ചിന്ത വരുന്നത് അപ്പോ ഇവിടെ എന്താണ് ബോധിപ്പിക്കുന്നത് ആത്മീയത്വം എന്ന് പറയുമ്പോ എന്ന് വെച്ചാൽ എന്ന് ഉപദേശിക്കുമ്പോൾ ശ്രോതാവാദിനെ ആത്മീകത്വബോധം ശ്രോതാവിൽ സംഭവിക്കേണ്ടതാണ് ആത്മീയത്വ ബോധമാണ് സംഭവിക്കേണ്ടത് ഉപദേശമാണ് ആത്മീയത്വം എന്നുള്ളത് ഗ്രഹണം എന്താണ് ആത്മീകത്വം എന്നുള്ള ശ്രോതാവിന്റെ ബോധമാണ് ആ ബോധത്തിൽ തർക്കവിതർക്കങ്ങൾ വികല്പനകൾ എല്ലാം അടങ്ങുന്നു ആ ബോധത്തിൽ ആത്മീയത്വം അല്ലാതെ പലപ്പോഴും അത് ചർച്ച ചെയ്തിട്ടുണ്ട് ആത്മബോധം എന്ന് പറയുന്നത് ആത്മാവിനു തന്നെയുമല്ല ആത്മബോധം ഉണ്ടായി നമ്മൾ പറയുന്നു അങ്ങനെ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നതാണോ ബോധം വല്ലതും ചോദിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊരാത്മബോധം ഉണ്ടായില്ല ഇപ്പം ആത്മബോധം ഉണ്ടായി എന്ന് അങ്ങനെ പറയുന്നു ഇവിടെ ഉണ്ടായി നശിക്കുകയും ചെയ്യുന്ന ബോധത്തെക്കുറിച്ചല്ല പറയുന്ന ആത്മീകത്വ ബോധം എന്തുകൊണ്ട് അത് ആത്മ തന്നെയാണ് ഏറ്റവും പ്രധാനം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയാൻ അങ്ങനെയാണ് ആ ബോധം നിലനിക്കേണ്ടത് വരുമനൽ ശ്രോതാവില്ല ബോധം അങ്ങനെ ബോധം ആത്മസ്വരൂപം തന്നെ ആ ബോധത്തിൽ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ എല്ലാം ആത്മസ്വരൂപം തന്നെ ആത്മബോധം ആത്മസ്വരൂപമാണെങ്കിൽ ആത്മബോധത്തിൽ പ്രകാശിക്കുന്ന സർവവും ആത്മസ്വരൂപം തന്നെ അവിടെ പിന്നെ വികല്പനകൾ ചർച്ചകളൊക്കെ എന്തിനാണ് അതിനെ സംബന്ധിച്ച് ഒന്നും ആവശ്യമില്ല ഗുരു ഇത് ഉപദേശിക്കുന്നു ഒന്ന് വികൽപ്പങ്ങളും ആവശ്യമില്ല അത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ മാറുന്നു അവിടെ ഗുരുവിന്റെ ആത്മബോധത്തിൽ ഒന്നും കൊണ്ടല്ല പിന്നെ ചർച്ച ശിഷ്യന്റെ ബോധത്തിനൊന്നുകൊണ്ടാണ് ശിഷ്യന്റെ ബോധം ആത്മബോധമല്ല പ്രപഞ്ചബോധമാണ് അപ്പൊ ശാസ്ത്ര രണ്ടു തരത്തിലാണ് തത്വത്തെ പ്രകാശിപ്പിക്കുന്നു ഒന്ന് ഗുരുവിന്റെ ബോധം ബോധിച്ചവന്റെ ബോധം അവിടെ പറയുന്നവിടെ വികൽപ്പനകളുടെ ആവേശമില്ല മറ്റു ബോധിക്കാത്തവന്റെ ബോധം അവിടെ കുറവ് സമാധാനവും വികല്പങ്ങളും ചർച്ചകളും എല്ലാം ഉണ്ട് അപ്പോൾ ശ്രോതാവ് അതിഗ്രഹിക്കുന്നതുവരെ ശ്രോതാവിൽ ആ ബോധം പ്രകാശിക്കുന്നതുവരെ വികൽപ്പങ്ങളൊക്കെ ആകാം ഇതൊക്കെ വേണമോ വേണ്ടയോ ഗുരു വേണമോ ശിഷ്യൻ വേണമോ ഇതൊക്കെ അതുവരെ ആകാം ശ്രോതാവിൽ ആ ബോധം പ്രകാശിക്കുമ്പോൾ പിന്നെ അവിടെ വികല്പങ്ങൾക്ക് ആവേശമില്ല അവിടെ ആണ് പറയുന്നത് ഗുരുനൈവ ശിഷ്യപ്പം മുഖ്യമെന്ന് പറയുന്നത് ആത്മ ഏകത്വം എന്ന് പറയുന്ന ഒന്നിനല്ല ആത്മീകത്വ ബോധം എന്ന് പറയുന്ന ഒന്ന് ആ ബോധം ഒരുവൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചർച്ചകളെല്ലാം ആ ബോധത്തിൽ വികൽപ്പന അനുപന്ന ഇത്തരം വികല്പങ്ങളൊന്നും ആവശ്യമില്ല അഭ്യുപക ആത്മീകത്വേ അഭ്യുപകത്തെ ആത്മീകത്വേ പ്രമാണാർത്ഥ അഭ്യുപകോഭവത ഇത് ആത്മീകത്വം അഭ്യപറുന്നു നിങ്ങൾ ചർച്ച ചെയ്യുന്നു ഈ അത് സാഖ്യനായിക്കൊള്ളട്ടെ ശിഷ്യനായിക്കൊള്ളട്ടെ ആരോ ആയിക്കൊള്ളട്ടെ ഈ പറയുന്ന ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നുണ്ടോ അഭ്യപകത്തെ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിനംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താ ആത്മീയത്വത്തെ ആത്മീയത്വത്തെ അംഗീകരിക്കാമെന്ന് പറഞ്ഞാൽ എന്താണ് ആ ശ്രോതാവിനുള്ള ആത്മീകത്വ ബോധം പ്രകാശിക്കുക അങ്ങനെ ഒരു ബോധം അവൻ്റെ ഉള്ളിലുണ്ടാകും സർവം ഖലിതം എന്നുള്ള ഒരു ബോധം ശ്രോതാവിന്റെ ഉള്ളിലുണ്ടാവും ഇതിനപ്പുറം ആത്മബോധം എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമില്ല കാരണം ആത്മാവ് സ്വയം അപരോക്ഷമായിരിക്കുന്നതുകൊണ്ട് അതിനെ പറയുന്നു എന്താണ് അത് അപരോക്ഷബോധമെന്ന് പറയുന്നു അപരോക്ഷബോധം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തന്നെ കുറിച്ചുള്ള ബോധമെന്നാണ് അതിൻ്റെ അർത്ഥം അപരോക്ഷബോധം എന്ന് പറഞ്ഞു എന്താ അർത്ഥം വരുന്ന കാരണം താൻ സ്വയം അപരോക്ഷനാണ് താൻ സ്വയം അപരോക്ഷമായിരിക്കുന്നതുകൊണ്ട് അപരോക്ഷബോധം എന്നു പറയാ തന്നെ കുറിച്ചുള്ള ബോധമാണ് അതിനപരോക്ഷ ബോധമൊന്നും ആത്മബോധമൊന്നും തത്വബോധമൊന്നും പരമാർത്ഥബോധമൊന്നും ഈശ്വരബോധമൊന്നും ഏത് പേരിട്ട് വിളിച്ചാലും ശരി കാര്യമൊന്നു തന്നെയാണ് അതിനപ്പുറമുള്ള ഒരു ആത്മബോധത്തെക്കുറിച്ച് കൂടെ പറയുന്നില്ല ഇത് ഏതെങ്കിലും തരത്തിലുള്ള വെളിപാടല്ല അതിനപ്പുറമുള്ള വെളിപാടല്ലോട് ശ്രോതാവിനോട് ശ്രോതാവ് ആത്മനിഷ്ഠമായി ഗ്രഹിക്കുന്നു ശ്രുതി എന്ന് പറയുന്നത് അതവിടെ ഒരു വ്യക്തിയെ കാരണം അത് ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു വ്യക്തിയുണ്ട് പക്ഷെ പ്രാധാന്യം എന്തിനാണ് ആ ഉപദേശത്തിനാണ് ആരുപദേശിക്കുന്നു എന്നുള്ളതിന് അല്ല പിട എന്ത്പദേശിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം അതിന് പ്രാധാന്യം വന്നുകഴിഞ്ഞാൽ ആരുപദേശിക്കുന്നു എന്നുള്ളതിലും പ്രാധാന്യം വരും മുഖ്യം അതാണ് എന്തുപദേശിക്കും എന്താണ് ഉപദേശിക്കുന്നത് ആത്മീയത്വത്തെ ഉപദേശിക്കും അപ്പം ആരാ ഉപദേശിക്കുന്നത് ആത്മീയത്വ ബോധമുള്ളത് അതുകൊണ്ട് പ്രാധാന്യം അതിനാണ് എന്താ ഉപദേശിക്കുന്നത് ആത്മീയത്വത്തെ ആ ഉപദേശത്തെ എങ്ങനെ ഉപദേശിക്കുന്നു ശ്രോതാവിന് അഭിമുഖമായി ശ്രോതാവിന് ആ ബോധം ജനിപ്പിക്കത്തക്ക തരത്തിൽ ഉപദേശിക്കുന്നു ആ ഉപദേശിക്കുന്ന ശ്രുതി തന്നെയാണ് ആ ബോധം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തീർച്ചയായിട്ടുണ്ട് വക്താവിനുള്ളത് ശബ്ദരൂപത്തിന് ശ്രോതാവിൽ അത് ബോധരൂപത്തിനു മാധവന്റെ ഉള്ളിൽ ആ ബോധം അവനാ ബോധത്തെ ഗ്രഹിച്ചാൽ ആ ശബ്ദത്തെ ഗ്രഹിച്ചവൻ്റെ ഉള്ളിൽ ആ ബോധം പ്രകാശിച്ചാൽ അതിനപ്പുറം ആത്മബോധമെന്ന് പറയുന്നു വേറെ വെളിപാടുകളൊന്നുമില്ല എന്നാ പിന്നെ എന്തിനാ അതിൻ്റെ മനനം ചർച്ച പറയുന്നു എന്തിനാ അതിന് പറയുന്നു അത് അപരോക്ഷ അനുഭവമാവുന്നു എന്താ അത് വിശേഷിച്ച് വരുന്ന അപരോക്ഷത പലപ്പോഴും പറഞ്ഞു സംശയാദി ദോഷരഹിതമായി അത് പ്രകാശിക്കുന്നു അപ്പൊ അവിടെ പ്രാധാന്യം എന്തിനു വന്ന് തത്വത്തിനല്ല തത്വത്തിന്റെ പ്രകാശന രൂപത്തിലുള്ള ആ ബോധത്തിൽ ആ ബോധത്തിൽ ആണ് പറയുന്നത് അപ്പൊ ശ്രോതാവിന്റെ ബോധവും എന്തായി ആ വക്താവിന്റെ തന്നെ ബോധമായി വ്യത്യാസമില്ല നമ്മൾ ആദ്യം ചർച്ച ചെയ്തിട്ടുണ്ട് ആ ബോധത്തിനത് വേറൊരു പ്രക്രിയ അനുസരിച്ചെന്ന് അവിടെ പറയുന്നത് എന്താണ് ഇതൊക്കെ സാർത്ഥകമാണോ നിരർത്ഥകമാണോ എന്നൊരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല അദ്വൈതിക്ക് ഭക്ഷണം ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചർച്ചയ്ക്ക് അവിടെ പ്രസക്തിയില്ല അദ്വൈതയ്ക്ക് ഗുരുവുണ്ടോ ശിഷ്യനുണ്ടോ എന്നുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല അദ്വൈതിക്ക് നാവുണ്ടോ എന്നുള്ള ചർച്ചയ്ക്ക് അവിടെ പ്രസക്തിയില്ല അദ്വൈതബോധത്തിൽ എവിടെ അദ്വൈതബോധത്തിൽ അപ്പൊ ആ അദ്വൈത ബോധത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയാണത് പറയുന്നത് ആണ് അഭ്യുപുഖേ ആത്മീകത്വേ ആത്മീകത്വത്തെ ഗ്രഹിച്ചാൽ പ്രമാണാർത്ഥ അഭ്യുപതോ ബോധ എന്താണ് ശ്രുതി താല്പര്യത്തെ ഗ്രഹിച്ചു കഴിഞ്ഞു ഉപദേശത്തിന്റെ താല്പര്യത്തെ ഗ്രഹിച്ചു കഴിഞ്ഞു അത് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൽപിടുത്തം െന്താ പറയുന്നത് എന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് യഥാത്മീകത്വം അഭ്യുപകച്ചതാ ആത്മീകത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞവൻ ശ്രുതി താല്പര്യത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാലോ ആത്മബോധം ഉണ്ടാകുക എന്ന് പറഞ്ഞാലും ഉദ്ദേശ താൽപ്പര്യത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാലോ അല്ല ഒന്ന് തന്നെ നിർത്തും അവിടെ പിന്നെന്താണ് വികൽപ്പനകളിൽ തർക്കങ്ങളിൽ നിന്ന് ഒരുവൻ സ്വയം പിൻവാങ്ങുന്നു സിദ്ധ്യന് ഹൃദയ ഗ്രന്ഥി ഭിത്യന് സർവസംശയാ കാര്യമാണ് ഇവിടെ പറയുന്നത്